എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സ്വീകരിക്കുന്നത് വലതും പറ്റി നമുക്ക് മറ്റുള്ളവർക്ക് തോന്നിയാൽ ഒരു ഷെയിം എന്തായാലും ഇപ്പം അവർ കരുതുക കാരണം പോവരുത് എന്ന് പറഞ്ഞിട്ട് പോയിട്ട് വീണിട്ട് അതാണത് ആണോ അല്ലയോ നിങ്ങൾക്ക് ആരുടെ അടുത്ത് സിമ്പതി വേണ്ട മാത്രമല്ല പിന്നെ റൂമിൽ വന്നിട്ടേ ബാക്കി കാര്യമുള്ളൂ അത് അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ആരുടെ മുന്നിലും താഴാൻ തയ്യാറില്ല അപ്പൊ നിങ്ങൾക്ക് ജീവിതത്തിൽ താഴാൻ തയ്യാറില്ലെങ്കിൽ എപ്പോഴും എന്ത് നിലനിർത്തണം പ്രസന്നത നിലനിർത്തണം അല്ലേ ഇതൊക്കെയാണ് ഭാഗവ ഭാഗവതം ഭാരതമൊക്കെ പറയുന്നത് കാന്താരി എന്താണ് കുന്തി ദേവിയുടെ ജീവിതവും പാഞ്ചാരിയുടെ ജീവിതമൊക്കെ ഇത്ര ഉദ്ഘോഷിച്ചുകൊണ്ട് ഭാഗവതം പറയാൻ ഏതായാലും ഇപ്രകാരം പറഞ്ഞിട്ട് പറഞ്ഞു അതുകൊണ്ട് നീ എല്ലാ കർമ്മഫല ഫലവും ത്യാഗം ചെയ്യുവാണ് അപ്പൊ അർജുനന്റെ ഉള്ളിൽ ഒരു ചോദ്യം ചെയ്യണ്ടാവും എന്താ ചോദ്യം ഉണ്ടാവുക ഈ കർമ്മഫലങ്ങളൊക്കെ ത്യാഗം ചെയ്താൽ ഏ കർമ്മഫലം ത്യാഗം ചെയ്താൽ ഒന്നുകൂടി നോക്കുക ശ്ലോകങ്ങൾ അപ്പം നിൽക്കുന്നത് മനസ്സിലാവും പന്ത്രണ്ടാമത്തെ അധ്യായത്തില് ഭഗവാൻ പറയുന്നു അർജുനം ഒമ്പതാമത്തെ ശ്ലോകത്തിൽ പറയുന്നു അഭ്യാസയോഗേന തതോ മാം ഇച്ഛാപ്തം തന്നെ ചെയ്യുന്നു നീ അഭ്യാസം ചെയ്താൽ നിനക്കെന്നെ ഇച്ഛ ആപ്തും പ്രാപിക്കാൻ സാധിക്കുന്നു ഇനി മതത്തമികർമാണിൻ സിദ്ധി മവാപ്സുസി മനസ്സ് ഉയരാനുള്ള സിദ്ധിയിലേക്ക് നീ ഉയർന്നിരിക്കും എന്നാൽ കർമ്മഫലത്യാഗം ചെയ്താൽ എന്താ കിട്ടുക വല്ലൊന്നും പറഞ്ഞോ ഭഗവാൻ അടുത്ത ശ്ലോകം നോക്കാം ശ്രീയോ ഹി ജ്ഞാനമ്യാസാൽ ജ്ഞാനാധ്യാനം വിശിഷ്യത ത്യാഗാൽ ശാന്തിരനന്തരം ത്യാഗം ചെയ്താൽ എന്ത് കിട്ടും ഇപ്പൊ ശാന്തി കിട്ടാൻ എന്താ വേണ്ടത് ആരെ വീട്ടുകാരിയല്ല കർമ്മഫലങ്ങളെ ത്യാഗം ചെയ്യാം അപ്പം ശമ്പളമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതെല്ലാം എന്ത് ചെയ്യണം ത്യാഗം ചെയ്യണം എന്താ നിങ്ങൾ തിരിച്ചു ഏ അതാണോ പറയേണ്ടത് എന്തൊക്കീതയിലും പറഞ്ഞാൽ നിങ്ങൾ ത്യാഗം ചെയ്യാൻ പോകുന്നുണ്ടോ ഭഗവാനോട് പോയി പണി നോക്കാൻ പറയും നിങ്ങൾ ഞാൻ മുപ്പത് ദിവസം മെനക്കെട്ടിട്ട് എന്റെ സാലറി ഞാൻ കൊണ്ട് കളയുക എന്താ വിചാരിച്ചിരിക്കുന്നത് കൃഷ്ണനാണ് അപ്പൊ കർമ്മഫലത്യാഗം ചെയ്യൂ എന്ന് പറഞ്ഞാൽ അർത്ഥം കർമ്മഫലത്യാഗം ചെയ്യാൻ നമുക്ക് പറ്റുമോ ഏ വളരെ ശ്രദ്ധിക്കും നിങ്ങൾ ജോലി ചെയ്തതിന്റെ കൂലി നിങ്ങൾക്ക് കിട്ടണം ആ കൂലി നിങ്ങൾ ഒഴിവാക്കോ കല്യാണം കഴിഞ്ഞു കർമ്മഫല ത്യാഗം ചെയ്യൂന്ന് കുട്ടി ഉണ്ടായതിനെ തെളിയിക്കാൻ കർമ്മം ചെയ്തതിന്റെ ഫലമാണ് കുട്ടിണ്ടായത് ഭഗവാൻ പറയണു ആ ഭഗവാൻ പറയണു കർമ്മഫല ത്യാഗം കുട്ടിയെ കൊണ്ട് ഒഴിവാക്കാൻ പറ്റുമോ നിങ്ങളൊരു വീട് പേടിക്കണോ കർമ്മം ചെയ്തതിന്റെ ഫലമാണ് ഭഗവാൻ പറയണോ കർമ്മഫല വീട് ഒഴിവാക്കാൻ പറ്റിയോ അപ്പൊ എന്ത് ഒഴിവാക്കാൻ അപ്പൊ എന്താ ഭഗവാൻ അർത്ഥം കർമ്മഫല ത്യാഗം കുഴു എന്ന് പറഞ്ഞാൽ ഏത് കർമ്മഫലത്തെയും സ്വീകരിക്കാനുള്ള മനസ്സുണ്ടാവും ഇവിടെ ത്യാഗം എന്നുള്ള ശബ്ദത്തിനർത്ഥം സ്വീകരിക്കുക എന്നുള്ള അർത്ഥമാണ് അതായത് ത്യാഗം എന്നുള്ള ശബ്ദത്തിന് അർത്ഥമുണ്ട് ഞാൻ ഇതെല്ലാം ചെയ്തു ഞാനിത് അനുഭവിക്കുന്നു എന്നതിന് പകരം ഇതൊക്കെ എനിക്ക് ആര് തരുന്നു ഭഗവാൻ തരുന്നു എന്നുള്ള രീതിയിൽ അതിനെ സ്വീകരിക്കണം അതാണ് കർമ്മഫലത്യാഗം ഫലത്തോടുള്ള നമ്മുടെ ഒരു ആസക്തിയാണ് എടുത്തു കളയാൻ പറയുന്നത് ആറ്റിറ്റ്യൂഡ് മാറ്റാനേ ഭഗവാൻ പറയുന്നത് അല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും കർമ്മഫലം മാറ്റാൻ സാധ്യല്ല ഉണ്ടോ നിങ്ങളെ രണ്ട് ചീത്ത പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയാ നിങ്ങൾ ചെയ്യാത്ത തെറ്റിനെ നിങ്ങൾ രണ്ട് ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നിങ്ങൾ പറയാ എന്റെ യോഗം എന്റെ കർമ്മഫലം എന്നല്ലാതെ എന്ത് പറയാനാണെന്ന് ആ ചീത്ത പറയുന്നത് ഒഴിവാകുമോ നിങ്ങളിപ്പോ ഈ ഗീതയൊക്കെ പഠിച്ചാൽ നിങ്ങൾക്ക് കർമ്മഫലങ്ങളൊന്നും വരേണ്ടിയിരിക്കോ മനസ്സിലാവേണ്ട കർമ്മഫലത്തിൽ നിന്ന് മാറി നിൽക്കാൻ ഒരാൾക്കും സാധ്യല്ല കർമ്മം ചെയ്തിട്ടുണ്ടോ അയാൾ അനുഭവിക്കണം പിന്നെ എങ്ങനെ ത്യാഗം ചെയ്യും ത്യാഗം എങ്ങനെ ചെയ്യും ഭഗവാൻ പറയുന്നു ത്യാഗം എന്നുള്ള ശബ്ദം കൊണ്ട് അർത്ഥം അതിനെ സമർപ്പിച്ചുകൊണ്ട് സ്വീകരിക്കലാണ് അതിനെ ഞാൻ ചെയ്തു എന്നുള്ള ഭാവത്തിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും വരുമ്പോഴെങ്കിലും നമ്മൾ എന്ത് പറഞ്ഞിരിക്കണം ഭഗവാൻ തന്നിരിക്കുന്നതാണെന്ന് പറഞ്ഞ് ഞാൻ ചെയ്തു എന്നുള്ള ഭാവം ത്യാഗം ചെയ്ത് ഭഗവാൻ തരുന്നു എന്നുള്ള ഭാവനയിൽ സ്വീകരിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ അവിടെ ശാന്തി എന്ത് കിട്ടി ശാന്തിക്ക് എന്താ എവിടെയാ പോണ്ടത് ശാന്തി കിട്ടാൻ എവിടെയാ പോണ്ടത് അങ്ങനെ നമ്മൾ പരിശീലിച്ചെടുക്കുക മനസ്സിനെ ശാന്തമാക്കി നിർത്താൻ നമുക്ക് സാധിക്കും മനസ്സിന്റെ ശാന്തി പറയുന്നത് ശ്രദ്ധിക്കണം ഈ വാക്ക് നിങ്ങളൊക്കെ ഈ ശാന്തി ശാന്തി എന്ന് പറയുന്നത് വളരെ തെറ്റായിട്ട് മനസ്സിലാക്കിയവരുണ്ട് പലരും അമ്പലത്തിലേക്ക് പോകുന്ന തന്നെ എന്തിനാ അമ്പലത്തിൽ പോകുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ശാന്തിയെ കാണാനോ അല്ലെങ്കിൽ ശാന്തി കിട്ടാനോ ആണ് ശാന്തിയെ കാണാൻ പോകുന്നതാൽ ശാന്തിയോട് എന്നിട്ട് വേണം ലോക്കൽ വിവരങ്ങളൊക്കെ അറിയിക്കാൻ പലർക്കും അമ്പലമാണ് ലോക്കൽ റിപ്പോർട്ടിന്റെ സെന്റർ അപ്പോ ശാന്തി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരിടത്ത് പോകുന്നു ആ സ്ഥലത്തിന്റെ അറ്റ്മോസ്ഫിയർ നിങ്ങളുടെ മനസ്സിനെ കുറച്ചുനേരം ശാന്തമാക്കണോ പരിതസ്ഥിതി ശാന്തമാകുമ്പോൾ നമ്മളും അല്ലെങ്കിൽ പരിതസ്ഥിതി അനുകൂലമാകുമ്പോൾ നമ്മൾ ചാന്തരാം എന്നാൽ പരിതസ്ഥിതി എങ്ങാനോ വിപരീതമായാലോ അമ്പലത്തിൽ ശാന്തിയാണെങ്കിൽ വീട്ടിലെത്തിയാൽ പണ്ടേ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് വീടുണ്ടാക്കി അന്ന് മുതല് വൈകുന്നേരമായ എന്താ പാടുക നരകത്തിൽ നിന്നും എത്ര ഉറപ്പിക്കണോ നമ്മുടെ വീട് തന്നെയാണ് നരകം യാതൊരു സംശയമില്ലേ അതിന് അപ്പൊ നോക്കൂ നമ്മളെ വീട്ടിൽ നിന്നും മറ്റൊരിടത്ത് പോയി ശാന്തി കിട്ടും എന്ന് പറയുമ്പോ നാം തെറ്റിദ്ധരിച്ചിരിക്കയാണ് അനുകൂലമായ പരിതസ്ഥിതികളെ എനിക്ക് ശാന്തി തരുള്ളൂ പ്രതികൂലമായ പരിതസ്ഥിതിയിലൊന്നും എനിക്ക് എന്തില്ല ശാന്തി എന്ന് പറയുന്നത് അനുകൂലതയിലും പ്രതികൂലതയിലും അല്ല ശാന്തി ഇരിക്കുന്നത് ചിലർക്ക് വൈകുന്നേരമായ ശാന്തി കിട്ടുന്നല്ലോണോ ശാന്തി ഇരിക്കുന്നത് മനസ്സിന്റെ മനോഭാവത്തിലാണ് ഏത് മനോഭാവത്തോടുകൂടി നിങ്ങൾ സ്വീകരിക്കുന്നു എന്നതിനനുസരിച്ചിട്ടായിരിക്കും ശാന്തി കിട്ടുന്നത് ആണോ അല്ലയോ നിങ്ങളെന്തും നിങ്ങൾ നല്ലൊരു മനോഭാവത്തോടുകൂടി സ്വീകരിച്ചു നോക്കും ശാന്തി ഉണ്ടോ ഇല്ലയോ ഉണ്ടോ ഉണ്ടോ ഇല്ലയോ അങ്ങനെയല്ലേ നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും അനുഭവങ്ങൾ നിങ്ങൾ പല സ്വന്തം അനുഭവങ്ങൾ എടുത്തു നോക്കൂ നിങ്ങൾ ചിലതൊക്കെ ഉണ്ടല്ലോ എനിക്ക് ഇത്രയേ വിധിച്ചിട്ടുള്ളൂ എന്നുള്ള അങ്ങനെ ആക്സെപ്റ്റ് ചെയ്ത് നോക്കൂ അപ്പോഴോ അപ്പോഴോ ശാന്തി കിട്ടും നമുക്ക് നമ്മളാ ആക്സെപ്റ്റ് ചെയ്യാൻ ആ മനോഭാവം മാറ്റുന്നതോടുകൂടി ശാന്തി കിട്ടും പലരും മനോഭാവം മാറ്റാൻ തയ്യാറില്ല അവരങ്ങനെ പിടിച്ചു വെച്ചിരിക്കണേ എനിക്കെന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് ഞാൻ ഇത്രയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് എന്തുകൊണ്ട് എന്നെ ആളുകൾ ഇങ്ങനെ ഡിസ്റ്റേബ് ചെയ്യണമെന്ന് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോ മനസ്സിന്റെ അശാന്തി ഒന്നുകൂടി നമ്മുടെ കൂട്ടുകയാണ് അതുകൊണ്ട് ശാന്തി എന്നുള്ളത് പ്രവൃത്തിയിലല്ല സാഹചര്യത്തിലല്ല പ്രവൃത്തി എന്താണ് മനോഭാവത്തിലാണ് ഏത് പ്രവൃത്തിയിലും ഏത് മനോ ഏത് മനോഭാവം വെക്കണം ഇതാണ് എനിക്ക് ഭഗവാൻ തന്നിരിക്കുന്നത് എന്താണ് വെച്ചു കഴിഞ്ഞില്ലേ ഉണ്ടോ ഇല്ലയോ അതൊക്കെ നമ്മൾ പരിശീലിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള യാത്രകളൊക്കെ ചെയ്യുന്നത് വാസ്തവത്തിന് എന്തിനാറിയോ ഈ മനോഭാവം മാറ്റലാണ് യാത്രയുടെ ലക്ഷ്യം അപ്പൊ നിങ്ങൾ അറിയാത്തവരോട് കൂടെ താമസിക്കുക അപ്പൊ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കും നിങ്ങളുടെ പിടിവാശികളൊക്കെ മാറും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും പല കാര്യത്തിലും അതുപോലെ ചോറിന് ക്യൂ നിൽക്കുക ക്യൂ നിൽക്കുമ്പോഴൊക്കെ നമ്മൾ കുറെ പേഷ്യൻസ് പഠിക്കും അതുപോലെ ഇങ്ങനെ കുറച്ചൊക്കെ കേൾക്കുമ്പോഴൊക്കെ മനോഭാവമൊക്കെ മാറും കുറെശക്ര കുറെശ നമ്മുടെ നമ്മളിങ്ങനെ യാത്രകളൊക്കെ ചെയ്യുമ്പോൾ വീട്ടിലിരുന്ന മനോഭാവം മാറില്ല വീട്ടിലിരുന്ന പിടിവാശി കൂടുകയുള്ളു ഞാൻ ഇത്രയൊക്കെ നിങ്ങൾക്ക് ചെയ്തതെന്നില്ലേ നിങ്ങളെന്താ എനിക്ക് തിരിച്ചെയ്യാത്തതെന്ന് അപ്പൊ നമ്മുടെ പിടിവാശി കൂടി നമ്മൾ കണക്ക് പറയാൻ തുടങ്ങും ആണോ അല്ലയോ ഇതിനാണ് ശരിക്കും ഉണ്ടല്ലോ യാത്രകളെ കൊണ്ട് തീർത്ഥാടനങ്ങളെ കൊണ്ട് നമ്മുടെ സ്വഭാവത്തിൽ ആ എന്തെങ്കിലും ഒരു മാറ്റം വരുന്നുണ്ട് ചിലര് കാശീനൊക്കെ പോ കാശീരല്ല എവിടെ ഗയാശാർദത്തിനൊക്കെ പോകുമ്പോ കേട്ടിട്ടില്ലേ ഗയാശാർദ്ദ കൂട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് ഉപേക്ഷിക്കണമെന്നാണ് അതും ഉപേക്ഷിക്കേണ്ട സാധനം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാവണം പക്ഷെ ആളുകൾ എന്താ ഉപേക്ഷിക്കുക അറിയോ അവര് ദൈവത്തിനേക്കാളും ബുദ്ധിയുള്ളവരായത് കൊണ്ട് കായ മേടിക്കുക അവിടുന്ന് മുരുക്കിന്റെ കായ മേടിച്ചിട്ട് അത് അവിടുത്തെ പൂജാരി പറയും ഇനി ഈ കായം ഞാൻ ഉപയോഗിക്കില്ലായ ഒരു ഫലം അത് കളഞ്ഞു പിന്നെ പഴം ഉപയോഗിക്കില്ലായത് പഴം അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള പഴം ഉപേക്ഷിക്കേണ്ടത് അവരെന്ത് ചെയ്യുന്നറിയോ അതിനവിടെ വഴിയുണ്ട് ഈ നമ്മുടെ നാട്ടിലൊന്നും കിട്ടാത്ത ചില പഴങ്ങളുണ്ട് ലിച്ചി പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പഴം ഉണ്ടാവും അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ ജീവിതത്തിൽ ഒരിക്കലും ഇത് ജീവിതത്തിൽ കിട്ടിയാലല്ലേ ഉപേക്ഷിക്കേണ്ട പ്രശ്നമുണ്ടോ അങ്ങനെ അവർ ദൈവത്തിനെ പോലും പറ്റിക്കും ഒരാള് എന്താണ് പഴത്തിന് പകരം ഉപേക്ഷിക്കുന്നതെന്ന് അറിയോ നാട്ടിൽ ഇടിച്ചൊക്കെ കൊണ്ടുവരുന്നു ഈ പഴം ഞാൻ ഒരിക്കലും ഈ പ്രായത്തിൽ ഉപയോഗിക്കില്ല ഇടിച്ചി പിടിച്ചൊക്കെ ആ പ്രായത്തിൽ ഒരിക്കലും പഴമാവില്ല ദൈവത്തിനെ പറ്റിക്കാൻ നമ്മളെപ്പോഴുള്ള ബുദ്ധി വേറെ ആർക്കും ഇല്ല മനുഷ്യനെയുള്ളു ഇങ്ങനെയൊക്കെ ദൈവത്തിനെ പറ്റിക്കുന്നവര് അങ്ങനെ ഈ അമ്പലങ്ങളിലും അങ്ങനെ തന്നെയാണ് ക്ഷേത്രങ്ങളിലൊക്കെ ഉണ്ടല്ലോ ഭഗവാൻ ഇങ്ങനെ പൂജ ചെയ്യുന്ന സമയത്ത് ഈ ഷോഡശോപചാര പൂജകളുണ്ട് സുവർണ പുഷ്പം സമർപ്പയാമി എന്താ സുവർണ പുഷ്പംന്ന് കൊടുക്കുക തുളസിനെ കൊടുക്കുള്ളൂ അല്ല എവിടെ എന്ത് സുവർണ പുഷ്പം വാദ്യകോഷ എവിടെ അമ്പലത്തില് എണ്ണ കത്തിക്കാനുള്ള കാശ് തന്നെ ഇല്ല പക്ഷെ പറസിലൊന്നും ഒരു കുറവുമില്ല ഈ പണ്ട് ഈ പശുവിന്റെ ദാനം പോലെയാണ് പശുവിനെ ദാനം ചെയ്യും ബ്രാഹ്മണർക്ക് ഒന്നുകിൽ പശു കൊടുക്ക അല്ലെങ്കിൽ ഒന്നേകാല് രൂപ കൊടുക്ക അതിന്റെ ഈക്വൽ വിലയാണ് പശുവിന്റെ ഒന്നേകാലൂപ ഏ കേട്ടില്ല ഒന്നേകാല് രൂപ നമ്മള് നല്ല ബുദ്ധിയുള്ളവർ ആ ഏതായാലും ഭഗവാൻ പറയുന്നു സർവകർമ്മ ഫലത്യാഗം ചെയ്താൽ എന്ത് കിട്ടും ശാന്തി കിട്ടും അപ്പൊ കർമ്മഫലത്യാഗം ചെയ്യാന്ന് പറഞ്ഞാൽ അർത്ഥം ത്യാഗത്തിലാണ് ശാന്തി അല്ലെ നമ്മളിപ്പോ ഉറപ്പിച്ചിരിക്കുന്നത് ഏതിലാണ് ഭോഗത്തിൽ ശാന്തി നമ്മൾ വെച്ചിരിക്കുന്നത് മക്കൾ നേരെ ഭർത്താവ് നേരെ വീട് നേരെ എല്ലാം നേരെ ശാന്തി പക്ഷെ ഭോഗം ചെയ്യും തോറുണ്ടല്ലോ നമ്മൾ എന്തെല്ലാം അനുകൂലമായ ശാന്തി കിട്ടുന്നു വിചാരിക്കുന്നുണ്ടോ അതൊക്കെ അനുകൂലമാകും തോറും ശാന്തി കൂടുകയല്ല ചെയ്യുന്നത് സ്വാതന്ത്ര്യം കുറഞ്ഞു കുറഞ്ഞു വരും ഇതിനെക്കുറിച്ച് വലിയൊരു ചർച്ച ചെയ്തു ബോധേന്ദ്ര അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പണ്ട് അദ്ദേഹത്തിന്റെ ഒരു വിദൂഷകനായിരുന്നു തെന്നാലി രാമൻ അപ്പൊ തെന്നാലി രാമൻ പറഞ്ഞു രാജൻ ത്യാഗത്തിലാണ് ശാന്തിയെന്ന് ഇദ്ദേഹം പറഞ്ഞു അല്ലോട് ഭോഗത്തിലാണ് ശാന്തിയെന്ന് രണ്ടുപേർക്കും ഭയങ്കര വാശി എന്ന് തെളിയിക്കണല്ലോ പറഞ്ഞു തനിക്ക് ഞാൻ അമ്പത്തിനാല് വിഭവത്തിന്റെ സദ്യ തരാം നോക്കാലോ ഭോഗത്തിലാണോ ശാന്തി എന്ന് ആ ഭോഗത്തിൽ സുഖമുണ്ട് പക്ഷെ ശാന്തി ത്യാഗത്തിലാണോ അങ്ങനെ ഗംഭീര സദ്യക്ക് രാമനെ വിളിച്ചു രാമൻ പോയി കഴിച്ചു രാജാവിനോട് പറഞ്ഞു അങ്ങ് കിടക്കാൻ പോവല്ലേ എന്ന് കിടന്നു ഇയാള് പൂട്ടിപ്പോയി ആര് തരാലി രാമൻ ഏം ഊണൊക്കെ കഴിഞ്ഞു ഊണൊക്കെ കഴിഞ്ഞ് കുറച്ചുനേരം അദ്ദേഹത്തിന് വയറൊക്കെ വല്ല സ്തംഭിക്കാൻ തുടങ്ങി ആകെ പ്രശ്നമായി രാമനെ അന്വേഷിച്ചു റൂമിന്റെ ചുള്ളിൽ ചുറ്റാൻ തുടങ്ങി രാവൽക്കാരോട് ഇച്ഛിച്ച് അവിടെ പോയിരുന്നു കാരണം അറ്റാച്ച്ഡ് ബാത്റൂമൊന്നും രാമനെ വിളിച്ചോളതും രാമൻ വിളിച്ചു വെച്ചു ഗോകത്തിലാണോ ശാന്തി ത്യാഗത്തിലാണോ രാജൻ ശാന്തി എന്ന് രാജൻ പറഞ്ഞു താൻ വാതിൽ തുറക്കുമര്യാദക്ക് എന്നിട്ട് ബാക്കി കാര്യം അപ്പൊ പറഞ്ഞു ഫ്ലാസ്കില് വെള്ളമുണ്ട് ദാഹിക്കുന്നുണ്ടെങ്കിൽ ഫ്ലാസ്ക് അദ്ദേഹം കെറ്റിൽ വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അത് നല്ല ചൂടുള്ള വെള്ളവും അതുകൂടി കഴിച്ചപ്പോ ഇദ്ദേഹത്തിന് വയറിന് ആകെ പ്രശ്നമായി വാതില് തുറക്കോ അല്ലെങ്കിൽ ഒക്കെ വൃത്തി കേടാവും ഇവിടെ എന്ന് പറഞ്ഞു പറയൂ അങ് ഉറപ്പിച്ചു പറയൂ എന്റെ ഭോഗത്തിലാണ് ശാന്തി ക്ലിയർ വാതില് തുറന്നു വിട്ടു അയാൾ ഓടി ബാത്റൂമിലും ടോയ്ലറ്റിലൊക്കെ പോയി വന്ന് മുഖത്ത് നോക്കുമ്പോൾ നല്ല പ്രസന്നത ചോദിച്ചോ ഈ പ്രസന്നത അങ്ങ് ഊണ് കഴിക്കുമ്പോൾ കണ്ടിട്ടില്ല അപ്പൊ എപ്പോഴാണ് ശാന്തി ത്യാഗത്തിൽ തന്നെയാണ് ശാന്തി കഴിച്ചതൊക്കെ അവിടെ കെട്ടിക്കടന്നു കഴിഞ്ഞാലല്ലോ പിന്നെ ഒരു ശാന്തി ഉണ്ടാവില്ല ഡോക്ടറെ അടുത്ത് തന്നെ ശാന്തി കിട്ടാൻ അപ്പോ എല്ലാവിധ അഴുക്കുകളും ദേഹത്തിൽ നിന്ന് പോകുമ്പോ ഒരു സുഖമാണ് ആണോ നിങ്ങൾ നല്ല സാരിയൊക്കെ ചുറ്റിയിട്ട് കല്യാണത്തിന് പോയിരിക്കുക പട്ടുസാരിയൊക്കെ ചുറ്റിയിട്ട് ഇതുപോലുള്ള ചൂടുള്ള സീസണോ വീട്ടിലെത്തി ആകെ കുഴുങ്ങി ഉണങ്ങി വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഈ എങ്ങാനോ ഒന്ന് വേഗമൊന്ന് മാറ്റിയൊരു കുളി കുളിച്ചു കഴിഞ്ഞാൽ അപ്പൊരു ശാന്തി അപ്പൊ നമ്മൾ സുഖം എന്ന് വിചാരിക്കുന്നത് അനുഭവത്തിലാണെങ്കിലും വാസ്തവത്തിൽ ത്യാഗത്തിൽ തന്നെയാണ് നമ്മളൊക്കെ കാണുന്നതല്ലേ നമ്മുടെ വീടുകളിലൊക്കെ ഈ അപകടങ്ങളൊക്കെ ഓരോ കല്യാണത്തിനൊക്കെ പോയി വന്നാൽ ഓടും വീട്ടിലേക്ക് ഇതെല്ലാം കൂടി വേർ തൊലിച്ച് നാശമായി ആകെ വൃത്തിക്കേടായി അല്ലേ അപ്പൊ ഇതൊക്കെ മനുഷ്യനെ പഠിപ്പിക്കുന്നു പക്ഷെ നമ്മൾ പഠിക്കുന്നില്ല വി ആർ നോട്ട് ഒബ്സേർവിംഗ് ദീസ് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുമ്പോണ്ടല്ലോ മനുഷ്യൻ എന്തോ കിട്ടുമ്പോൾ സുഖമെന്ന് കരുതും ആ കിട്ടിയത് പിന്നെ അവന്റെ മനസ്സിൽ ജീവിതത്തെ അസ്വസ്ഥമാക്കും പിന്നെ അവരിതെന്ന് എങ്ങാനൊന്ന് പുറത്തു കടന്നാൽ മതി എന്നായി ഇല്ലേ നമ്മുടെ ഓരോ പ്രവൃത്തികളും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതാ കാണാൻ സാധിക്കും ആദ്യം ചൂട് വിചാരിക്കും കല്യാണം കഴിഞ്ഞ ഒക്കെ പ്രശ്നം കഴിഞ്ഞു പോകുന്നത് പിന്നെയായിരിക്കും ഇങ്ങനെയൊരു കല്യാണം അല്ലേ കല്യാണം വേണ്ടായിരുന്നു അല്ലെങ്കിൽ കുട്ടികൾ വേണ്ടായിരുന്നു എന്നാ പിന്നെ എത്ര സമാധാനായിട്ടിരിക്കായിരുന്നു അപ്പൊ ഇങ്ങനെയൊക്കെ മനുഷ്യന് ആദ്യം കിട്ടാത്തതിൽ ദുഃഖം പിന്നെ കിട്ടിയതിൽ ദുഃഖം ഒന്നിലും സന്തോഷം കണ്ടെത്താൻ നമ്മുടെ മനസ്സ് സമ്മതിക്കില്ലേ മനസ്സിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ മനസ്സ് എപ്പോഴും ഉണ്ടല്ലോ ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ ഉടനെ അതിൽ നിന്നും മനസ്സ് പറ്റുവന്നിരിക്കും നിങ്ങളൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയി നോക്കൂ നിങ്ങൾ ഓർഡർ ചെയ്ത സാധനം മുന്നിൽ വന്ന കഴിക്കാൻ തുടങ്ങുമ്പോഴേക്കും എന്താണ് അടുത്ത ആൾ എന്താ നോക്കി ഇതിൽ സുഖം പോരാ അയാളോ ആദ്യം നമ്മളിലേക്കാണ് നോക്കുന്നത് അതും സുഖമില്ല നിങ്ങളെ ദുഃഖിപ്പിക്കാനുണ്ടല്ലോ ഒരു പപ്പടത്തിന് സാധിക്കും നിങ്ങളൊരു കല്യാണത്തിന് പോകുന്ന സമയത്ത് നിങ്ങളുടെ അടുത്തുള്ള ആൾക്ക് വലിയ പപ്പടും ചെറിയ പപ്പടും വെച്ചു നിങ്ങൾക്ക് ചെറിയ പപ്പടം മാത്രമേ വെച്ചുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് ആ സദ്യ കഴിച്ച് ഇറങ്ങില്ല എനിക്കെന്താ ഒരു പപ്പടം മാത്രം തോന്നുന്നു നീക്കെന്താ പപ്പടം തരാത്തത് പിന്നെ അയാളെ വിളിപ്പിക്കും ഇവിടെ വരൂ ഇവിടെ വരൂ എന്ന് അയാൾ പറയും അത്രയൊക്കെ കഴിച്ചാൽ മതി പറഞ്ഞാലോ കണക്കായിരുന്നാല് അന്നത്തെ ദിവസം തന്നെ പോയി കിട്ടി പപ്പടം എടുത്ത് രണ്ടെണ്ണം കൊടുക്കാൻ തോന്നും നിങ്ങൾക്ക് മനസ്സിനായി നോക്കും മനസ്സ് അങ്ങനെയാണ് ഒന്നിലും അത് തൃപ്തി കണ്ടെത്താൻ സാധ്യത അതാണ് നമുക്ക് എത്ര കിട്ടിയാലും മതിയാവാത്തത് ആഭരണങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് മതിയിട്ടുണ്ടോ വസ്ത്രങ്ങളെ കൊണ്ട് മനുഷ്യന് മതിയാവുണ്ടോ കോസ്മിക് എന്താ കോസ്മെറ്റിക്കോ എന്തേലും പറയാ കോസ്മോ സാധനങ്ങളെ കൊണ്ട് മതിയാവുണ്ടോ എവിടെങ്കിലും മതിയായിട്ടുണ്ടോ മനുഷ്യന് ഉണ്ടോ ഇനി വീടെടുത്തു അതുകൊണ്ട് മതിയാവുമോ ഒന്നും മതിയാവില്ല മനസ്സ് കമ്പയർ ചെയ്യും മനസ്സ് ഉള്ളത് ചെറുതാക്കി കാണിക്കും എന്താ ചെയ്യ കമ്പയർ ചെയ്യും ഉള്ളതിനെ ചെറുതാക്കി കാണിക്കും ഇല്ലാത്തതെപ്പോഴും വലുതായി കാണിക്കും അത് മനസ്സിന്റെ പ്രത്യേകതയാണ് അതുകൊണ്ട് നാം സമീപനം മാറ്റിയാലേ ഏതിലും നമുക്ക് സന്തോഷം ശാന്തിയും ആ സമീപനം മാറ്റണമെങ്കിൽ എല്ലാം ഉൾക്കൊള്ളാൻ സാധിക്കണം ഇത്രയെങ്കിലും നമുക്ക് കിട്ടിയില്ലായിരുന്നു പണ്ടൊരു കൊട്ടാരത്തിൽ രാജാവിന്റെ ജോലിക്കാരി അടിച്ചുകാരി ഇവളെങ്ങനെ അടിച്ചുവാരി വൃത്തിയാക്കുന്നതിനിടയിൽ രാജാവിന്റെ കിടപ്പറ എന്താ അതിന് പറയാ പള്ളിയറ പറ അത് ക്ലീൻ ചെയ്യുമ്പോ അവൾക്കൊരു മോഹം ഒന്ന് കിടന്നാൽ എങ്ങനെ ഇരിക്കുന്നത് രാജാവ് എന്നിന്റെ മുകളിലെ കിടക്കണം അല്ലെ പെർഫ്യൂമിന്റെ വാസനയൊക്കെ ഉണ്ട് നല്ല പൂക്കളൊക്കെ വെച്ച് നല്ലോണം അലങ്കരിച്ചിട്ടുണ്ട് ഒന്ന് കിടത്താൽ രാജാവും രാജ്ഞിയും ക്ഷേത്രത്തിൽ തൊഴാൻ പോയ സമയം അഞ്ചു മിനിറ്റിനങ്ങോട്ട് കിടക്കാൻ വിചാരിച്ചു ആ കിടത്തത്തിൽ അവൾ അങ്ങോട്ട് ഉറങ്ങിപ്പോയി രാജ്ഞി വന്നു നോക്കുമ്പോണ്ട് വേറൊരു രാജ്ഞി കിടക്കണു അത് നല്ല വിസ്തരിച്ചിട്ടൊക്കെയാണ് കിടക്കുന്നത് ഇത് നമ്മുടെ പാറകുട്ടിയല്ലേ ഇവളെങ്ങനെയാ അതിന്റെ മോള് കിടന്നത് ഭയങ്കര ദേഷ്യം വന്നു രാജാവിനോട് പറഞ്ഞ അഹങ്കാരി ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ പാടുന്ന് രാജാവ് ഉത്തരവിട്ടു ഇരുപത്തഞ്ച് ചാട്ടവാറടി അവൾക്ക് കൊടുക്കാൻ ഇവളത് കേട്ടപ്പുണ്ടല്ലോ കൈ കൊട്ടി ചാടാൻ തുടങ്ങിയ രാജാവിന് തോന്നി എന്താ വട്ടുപിടിച്ചു അവൾക്ക് എന്ത് പറ്റി നിരക്ക് അല്ല അടിയൻ പത്ത് മിനിറ്റ് നേരം കടന്നതിന് ഇരുപത്തഞ്ച് ചാട്ടവാറടി അടീന്ന് കൊള്ളണം എന്നുണ്ടെങ്കിൽ ഈ എന്നും കിടക്കുന്ന അങ്ങനക്ക് എത്ര അടി വെച്ചിട്ടുണ്ടോ അവളുടെ മുകളിൽ ഇത് കേട്ടപ്പോ രാജാവിന് തോന്നി ശരി അവളെത്ര ബുദ്ധിയുള്ള അവളാണ് ഞാനിവളുടെ മഹത്വം മനസ്സിലാക്കിയില്ലല്ലോ അവളെ അടിയിൽ മോചിപ്പിച്ചു എന്നാണ് അപ്പൊ മനോഭാവം മാറ്റുമ്പണ്ടല്ലോ ഈവൺ ദുരന്തത്തിൽ പോലും നമുക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കും മനോഭാവമായിരുന്നു അതിനാണ് ഭഗവാൻ പറയുന്നത് ശ്രേയോ ഹി ജ്ഞാനമ്യാസ ജ്ഞാനാധ്യാനം വിശിഷ്യതാൽ കർമ്മ സോറി ജ്ഞാനാൽ കർമ്മഫലത്യാഗ സോറി ധ്യാനാൽ കർമ്മഫലത്യാഗ ശാന്തിരനന്തരം ജ്ഞാനം അഭ്യാസാൽ ശ്രേയ എന്തെങ്കിലും അഭ്യസിക്കുന്നതിനേക്കാൾ നല്ലത് അതിനെക്കുറിച്ചുള്ള ജ്ഞാനമാണ് എനിത്തിംഗ് യു ഡൂ വിത്തൗട്ട് നോളജ് ഭഗവാൻ അതിനെ പറയുന്നത് അതിനേക്കാൾ ബെറ്ററാണ് അതിനെക്കുറിച്ചുള്ള അറിവ് എന്നിട്ട് ഭഗവാൻ പറയാണ് ജ്ഞാനാത് ധ്യാനം വിശിഷ്യത നിങ്ങൾക്ക് കുറേ കാര്യങ്ങളെക്കുറിച്ച് അറിയാം പക്ഷേ അതിനെ അതൊന്നും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യില്ലെങ്കിലും എന്ത് കാര്യമുണ്ട് അതുകൊണ്ട് ആ ജ്ഞാനത്തിനേക്കാൾ നല്ലത് ധ്യാനം പരിശീലിക്കുകയാണ് എന്നാൽ ധ്യാനാത് ഇനി നിങ്ങൾ പരിശീലിച്ചാലും കർമ്മഫലത്യാഗം ശ്രേഷ്ഠമാണ് കർമ്മഫലത്യാഗം എന്ന് പറഞ്ഞാൽ മനോഭാവം മാറ്റിയെടുക്കുന്നത് സർവോത്കൃഷ്ടമാണ് കാരണം മനോഭാവം മാറുമ്പോൾ എന്ത് മാറും ശാന്തി അനന്തരം എന്ത് കിട്ടും ശാന്തി അപ്പൊ ശാന്തി കിട്ടാൻ എന്താ വഴി നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറ്റണം ഇനി നിങ്ങൾ വീട്ടിൽ പോയാൽ നിങ്ങക്ക് ശാന്തി എന്ന് പറയാൻ പാടുവോ എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിനെ നല്ല മനോഭാവത്തോടെ കാണാൻ സാധിക്കുക അപ്പൊ നിങ്ങക്ക് അവിടെ ഓൺ ശാന്തിയാണ് ശാന്തിക്ക് വേണ്ടി ഒരിടത്ത് വരില്ല ശാന്തി ഇല്ലാത്തത് നിങ്ങൾക്ക് പലയിടത്തും ഓടി നടക്കേണ്ടി വരുന്നത് ശാന്തി എവിടെ കിട്ടും ശാന്തി എവിടെ കിട്ടുന്നു അവരതിനാ എവിടെ കിട്ടുന്നു അങ്ങനെ ശാന്തി ഒരിടത്ത് കിട്ടുമോ ചിലര് വൈകുന്നേരം പല കടകളിൽ പോയി നോക്കണു ചില ക്ലബുകളിൽ പോയി നോക്കണു ചില ടിവിയുടെ മുന്നിൽ ഇരുന്ന് നോക്കണു ചിലർ അമ്പലത്തിൽ പോയി നോക്കണു പക്ഷേ അമ്പലത്തിൽ പോയാലും പത്ത് ദിവസം അതേ അമ്പലത്തിൽ പോയാൽ അതേ അമ്പലത്തിൽ അവർ അശാന്തി കാണാൻ തുടങ്ങും നോക്കൂ നിങ്ങൾ നിങ്ങൾക്ക് എവിടെ ശാന്തി കണ്ടെത്തിണ്ടോ അവിടെ നിങ്ങൾ അടുപ്പിച്ച് പത്ത് ദിവസം പോയാൽ നിങ്ങൾ അവിടെ എന്ത് കാണും അശാന്തി കാണാൻ തുടങ്ങും അതുകൊണ്ട് നിങ്ങൾ ഒരിടത്തിരുന്നാൽ പത്ത് ദിവസത്തിലധികം നിങ്ങൾ ഇരുന്നാൽ അശാന്തി അതുകൊണ്ടാണ് പത്ത് ദിവസത്തിലധികം ഒരിടത്തിരുത്താത്തത് നിങ്ങള് എന്താ അശാന്തി വരാൻ കാരണവച്ചാൽ ആ പത്ത് ദിവസം കൊണ്ടുണ്ടല്ലോ കുറച്ചു ദിവസം കൊണ്ട് നമ്മുടെ ആ സ്ഥലം നമ്മുടേതാക്കി മാറ്റൂ അപ്പൊ പിന്നെ അവിടെ ആരെങ്കിലും തൊടി പിടിക്കുക എന്തെങ്കിലും ചെയ്താൽ ആരെ സ്ഥലത്ത് കൊണ്ടുവച്ചു എന്നോട് ചോദിക്കാതെ ശാന്തിയുള്ള സ്ഥലം അപ്പൊ നിങ്ങളൊരു നാലഞ്ച് ദിവസം കൊണ്ട് ആ സീറ്റ് നോക്കാൻ എത്ര ഉറപ്പിച്ചു നിങ്ങൾ എന്നുള്ളത് എന്റെ സീറ്റിൽ വല്ലവരും കേറിയിരുന്നാൽ അശാന്തി ഉണ്ടോ ഇല്ലയോ ആദ്യം നോക്കും ആരെങ്കിലും ഉണ്ടോന്ന് ഓ അവൾ അവിടെ കേറിയിരിക്കുന്നു മനസ്സങ്ങനെയാണ് മനസ്സെവിടെങ്കിലും ഒരു സ്ഥലം എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതിൽ വേഗം ഒരു ഉടമസ്ഥാവകാശം ലഭിക്കും മറ്റന്നാൾ അവിടെ ബസ് വരുമല്ലോ കാണാം നിങ്ങക്ക് ഇതെന്റെ സീറ്റാണെന്ന് പറഞ്ഞിട്ട് ഒറ്റപ്പെടുത്താണ് പിന്നെ അതിൽ നിന്ന് ഇളകില്ല നമ്മൾ വിട്ടുകൊടുക്കില്ല എന്താ വിചാരിച്ചത് ഞാനും മിസ് യൂണിവേഴ്സാണെന്ന് വിട്ടുകൊടുക്കും നമ്മള് അതന്നെ ഇങ്ങനെയൊക്കെയുള്ള ഒരു വാശി നമ്മുടെ മനസ്സിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചത് നമുക്കെല്ലാം ഉൾക്കൊള്ളാനുള്ള കഴിവ് അല്ലാതെ ഈ ഇങ്ങനെയുള്ള യാത്രകളൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് ചെയ്ത് ചെയ്ത് മാറ്റിയെടുക്കണം അപ്പൊ നല്ലവണ്ണ സ്വഭാവം നമ്മൾ മാറ്റിയെടുത്താൽ എവിടെ പോയാലും നമുക്ക് ഈ വാട്ടർ പ്രൂഫ് കുടകളൊക്കെ അല്ലേ സാധനങ്ങളെപ്പോലെ ആയിരിക്കും പിന്നെ നമ്മളെ ഒരു അശാന്തിക്കും ബാധിക്കാൻ സാധ്യല്ല എന്ത് കിട്ടിയാലും ഏഹ് അത് അതുപോലെ ഇതാ വെച്ചത് ഇത് എങ്ങനെയാണോ ഇങ്ങനെ അങ്ങനെ പറയാൻ സാധിക്കും നമുക്ക് നമുക്ക് കംപ്ലൈന്റുകൾ ഉണ്ടാവില്ലേ അതൊരു വലിയ കഴിവല്ലേ ആണോ അല്ലയോ അത് സാധിച്ചെടുക്കാം അപ്പൊ ഭഗവാൻ പറയാണ് ഇങ്ങനെയൊക്കെയുള്ളവരാണ് ഭക്തന്മാര് ശരിക്കുള്ള ഡിവോട്ടി സാരാണ് എന്ത് എഴുതി വെക്കണേ നിങ്ങൾ കുറെ ലിസ്റ്റ് ഭഗവാനെ ഇറക്കുകയാണ് ഞങ്ങൾ ട്രെയിനിൽ ബുക്ക് ചെയ്താൽ ആദ്യം കൺഫേംഡ് ലിസ്റ്റ് അല്ലെങ്കിൽ ആർ ഐ ലിസ്റ്റ് അല്ലെങ്കിൽ വെയിറ്റിംഗ് ലിസ്റ്റ് അല്ലെങ്കിൽ പിന്നെ ഇത് ലിസ്റ്റാ ഉള്ളത് പിന്നെ പുറത്ത് നിൽക്കുന്ന ലിസ്റ്റ് അകത്ത് കയറാൻ പറ്റാത്ത ലിസ്റ്റ് ഇതുപോലെ ഭഗവാൻ ഭക്തന്മാരുടെ ലിസ്റ്റ് തിരയാണ് നിങ്ങളുടെയൊക്കെ പേരിതിലുണ്ടോ നോക്കൂ നിങ്ങളത് മൈത്രക്കരുണേവ നിമമോ നിരഹംകാര സമദുഖുഗക്ഷ്മ സന്തുഷ്ട സതതം യോഗീ യ മയ്യർപ്പതമനോ ബുദ്ധി യോ മൽഭക്ത സേ പ്രിയ യോ മൽ ഭക്ത സേ പ്രിയ ഹീസ് മൈ ഡിവോട്ടി ആൻഡ് ഹീസ് വെരി ക്ലോസ് ടു മീ ഹീസ് വെരി ക്ലോസ് മീ ഹൂസ് ദ റിയൽ ഡിവോട്ടി മൈ അർപ്പിത ധനോബുദ്ധി ആരാണ് ദ വൺ ഹൂ സറണ്ടർ ഹീസ് മൈൻഡ് ആൻഡ് ഇന്റലക്ട് എന്ന് പറഞ്ഞാൽ അവന്റെ എല്ലാ ചിന്തകളും ആരിലേക്ക് സമർപ്പിച്ചവൻ ഭഗവാൻ അങ്ങനെയുള്ളവരെയാണ് ഭഗവാൻ ഭക്തൻ എങ്ങനെയായിരിക്കും അയാളുടെ ആറ്റിറ്റ്യൂഡ് അദ്വേഷ്ട സർവഭൂതാനാം സർവഭൂതാനാം ആദ്വേഷ്ട ആരോട് എന്തില്ല പ്രത്യേകിച്ച് ഒരു അല്ലെങ്കിൽ അസൂയയില്ല മനസ്സിൽ അസൂയ നമുക്ക് ചിലപ്പോണ്ടല്ലോ നമ്മളെക്കാളൊത്തിരി കഴിവുള്ളവരെയൊക്കെ കാണുമ്പോ ചെറിയൊരു അസൂയ എന്നാലവരിത്ര നന്നായി പോയില്ലേ എന്ന് ഭഗവാന് എന്നെ മാത്രമല്ലേ നന്നാക്കാൻ പാടുള്ളൂ ഇതിനവരെ നന്നാക്കിയത് ഇനി ഒരു മിസ്റ്റേക്ക് പറ്റിയല്ലോ ഭഗവാനെ മനസ്സിന് എപ്പോഴും തന്നെക്കാളും വലിയൊരു ആളെ കാണുമ്പോൾ ഉൾക്കൊള്ളാനുള്ളൊരു ഉണ്ടാവില്ല ഉണ്ടാവില്ലയോ മനുഷ്യന്റെ സഹജമായ ഒന്നാണ് എന്റെ അസൂയ അദ്വേഷ്ട സർവഭൂതാനം ഒരു ഭൂതത്തോടും അപ്പൊ ഈ ശ്ലോകങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഭൂതത്തോടും അസൂയയും വിദ്വേഷവും കൊതുകിനെ പോലും ഇതൊക്കെ പരീക്ഷിക്കാനാണ് നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നത് ഈച്ചയോട് നിങ്ങൾക്ക് ദ്വേഷമുണ്ടോ അറിയാൻ വേണ്ടിയിട്ട് അദ്വേഷ്ഠ സർവഭൂതാനം മൈത്രക്കരുണയേ വച മറ്റുള്ളവരോട് മൈത്രിഭാവം മൈത്രിഭാവം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും മിത്രമായിട്ട് എടുക്കാനുള്ള ഒരു മനസ്സ് അവർ ഫ്രണ്ട്ഷിപ്പ് മൈൻഡ് ചിലർക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട് എല്ലാവരോടും ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആവും ചിലർക്കാണെങ്കിൽ അങ്ങനെ റിസർവ് ചെയ്ത് വെക്കുക അവർ ഞാൻ എന്തിനു മുണങ്ങണ്ട് വരട്ടെ എന്നുള്ള രീതിയിൽ ചിലരിങ്ങനെ എന്താണ് ഫസിൽ പിടിച്ചിരിക്കുക പറയില്ലേ അങ്ങനെ ഒരു ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവില്ല ഇതൊക്കെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് എല്ലാവരോടൊന്ന് ഇടപഴകാനൊക്കെ നിങ്ങൾ എവിടുന്നാണ് എന്താണ് എന്നൊക്കെ ചോദിച്ച കുശലങ്ങളൊക്കെ പറയുമ്പോൾ മനസ്സൊരു കുറേയും കൂടി എക്സ്പാൻഡാവും അതല്ല നിങ്ങൾ എവിടെന്നാസ്ട്രോയിൽ കഴിക്കുന്നുണ്ടല്ലോ പണ്ട് ലൂസ് മോഷന് വേണ്ടിയിട്ട് കുട്ടികൾക്ക് എന്തായാലും പറയാ കാസ്ട്രോയിൽ അല്ലേ ആളൊക്കെ ഇത് കുടിച്ച പോലെ ഇരിക്കും മസല് പിടിയില്ല ചോദിച്ചാലും പറയില്ല ഇങ്ങനെയൊക്കെ എന്തിനാ മസല് പിടിച്ചിരിക്കുന്നത് ഇക്കിളി ആക്കിയാലും ജീവിക്കാത്ത ആൾക്കാരുണ്ട് അത്ര അതുകൊണ്ട് നമ്മൾ എങ്ങനെ ഇരിക്കണം മൈത്രക്കരുണ എല്ലാവരോടും മൈത്രി ഒരു ജീവിതം ആസ്വദിക്കണം നമ്മളിങ്ങനെ വെറുതെ മസിൽ പിടിച്ചിരിക്കരുത് ജീവിതം എന്ന് പറയേണ്ടത് മരണം വരെയുള്ളൊരു യാത്രയാണ് അല്ലേ ആ മരണം വരെ നമ്മളിങ്ങനെ കുറെ സുഹൃത്തുക്കളായിട്ടും നല്ലൊരു ജീവിതമൊക്കെ ആയിട്ട് ഇങ്ങനെ കൊണ്ടു നടന്നാൽ അല്ലേ ആണോ അല്ലേ ഒരു പൂമ്പാറ്റെ പോലെ ഇരിക്കണം നമ്മള് ഒന്നിലും ഒട്ടിപ്പിടിക്കാൻ പാടില്ല പൂമ്പാറ്റകളൊക്കെ എത്ര സ്വാതന്ത്ര്യം നോക്കൂ ഇങ്ങനെ എല്ലാ പൂക്കളിലും ചെന്ന് ലോഗി അടിച്ച് എന്തൊക്കെയാ ചെമ്പരത്തി പോയ വിശേഷം എന്തൊക്കെയാ വല്ലിപ്പോയ വിശേഷം മുല്ലപ്പോയ വിശേഷം എന്നൊക്കെ ചോദിച്ച് ഏ പോയി ഇരുന്ന് കുശലങ്ങളൊക്കെ പറഞ്ഞ് അതുപോലെ ചിലവർക്ക് അങ്ങനെയുണ്ട് രാവിലെ മുതൽ വീട്ടിൽ ഇറങ്ങിയാൽ വിശേഷങ്ങൾ പറഞ്ഞ് വീട്ടിലെത്തുമ്പോഴേക്കും രാത്രിയാക്കവര് അങ്ങനെയുള്ളവരുണ്ട് ആ അർത്ഥത്തിലല്ല ഉദ്ദേശിച്ചത് അപ്പോ അദ്വേഷ സർവഭൂതാനം മൈത്ര കരുണ കരുണ എന്ന് പറഞ്ഞാൽ അർത്ഥം തന്നെ വേദനിപ്പിക്കുന്നവരോട് പോലും അവരെക്കുറിച്ച് ഇങ്ങനെ വിഷമങ്ങളൊന്നും പറയാണ്ടിരിക്കുക ആ ചിലപ്പം ചിലരൊക്കെ ബുദ്ധിമുട്ടിക്കും മക്കളിലൂടെ വിഷമം അനുഭവിക്കുന്നവരുണ്ടാവും ഭർത്താവിലൂടെ അനുഭവിക്കുന്നവരുണ്ടാവും അല്ലേ അതുപോലെ തന്നെ അവരൊക്കെ ഇല്ലാതെ വിഷമം അനുഭവിക്കുന്നവരുണ്ടാവും അതിനെക്കുറിച്ചൊന്നും ഇരുന്ന് സമയം കളയരുത് നമ്മുടെ ദുഃഖങ്ങൾ പറഞ്ഞ് സമയം കളയരുത് നമ്മളെ വിഷമിപ്പിക്കുന്നവരോട് പോലും ഒരു കാരുണ്യം അവരല്ല വേദനിപ്പിക്കുന്നത് വാസ്തവത്തിലെ അവര് നമ്മളെ വേദനിപ്പിക്കാനുള്ള ഒരു നിമിത്തമാണ് നമ്മളതൊക്കെ ശരിക്കും ഉൾക്കൊള്ളണം നിങ്ങൾ നമുക്ക് തോന്നും ഒരു കൈകേകി മാതാവാണ് ദശരഥനെ തളർത്തിയതെന്ന് നമ്മൾ കഥ ശരിക്കും വായിക്കുമ്പോ കൈകീകിയല്ല ദശരഥൻ തന്നെ കൗസല്യോട് പറയുന്നുണ്ട് മുനികുമാരനെ അമ്പ ചെയ്യുന്ന മുനികുമാരന്റെ അച്ഛൻ എനിക്ക് ശാപം തന്നിട്ടുണ്ട് നീ പുത്ര ദുഃഖത്താൽ മരിക്കണമെന്ന് അപ്പൊ ആ ഒരു ശാപം പൂർത്തീകരിക്കപ്പെടാൻ ഒരു കൈകൈകി ഒരു നിമിത്തമാണ് പക്ഷെ നമ്മൾ ആ കഥ വായിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എന്താ തോന്നുന്നത് കൈകൈകിയാണ് ദശരത്തിനെ തളർത്തിയതെന്ന് അല്ലെ ആ കഥ വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മൾ തന്നെ ചെയ്യുന്ന ഒരു കർമ്മത്തിന്റെ ഫലം വേറൊരാളിലൂടെ അത് നമ്മളിലേക്ക് വരണം അപ്പൊ ഒരാളെ നമ്മളെ വേദനിപ്പിക്കുമ്പോൾ ഉടനെ നമ്മൾ പറഞ്ഞേക്കണം ഇദ്ദേഹം ഒരു ആര് നിമിത്തം അതായത് ഒരു പോസ്റ്റ്മാൻ മാത്രമാണ് നിങ്ങൾക്ക് ഒരു കത്ത് കൊണ്ടു തരേണ്ട ജോലി മാത്രമേ ഉള്ളൂ ആർക്ക് അതിലാർക്ക് പങ്കില്ല പോസ്റ്റ്മാന് പങ്കില്ല പണ്ട് കാലത്ത് ഈ ഈ ജില്ലകളിലൊക്കെ ഉണ്ടല്ലോ മുസ്ലിങ്ങളുടെ ഇടയിൽ അത്ര എഡ്യൂക്കേഷൻ ഒന്നും ഇല്ല അപ്പൊ കത്തൊക്കെ എഴുതി കഴിഞ്ഞാല് പോസ്റ്റ്മാൻ തന്നെ വായിച്ചു കൊടുക്കണം ഈ ഭർത്താവിന്റെ ദേഷ്യവും ഭാര്യയുടെ പ്രേമൊക്കെ ഇതിനൊക്കെ പങ്കാളിയാണ് പോസ്റ്റ്മാൻ അപ്പോ ഒരിക്കലും ഒരു കത്ത് എഴുതിയ ഒരാള് ഭാര്യ ഭർത്താവിനെഴുതിയിരിക്കുകയാണ് ഈ മലബാർ ഭാഗത്തൊക്കെ വളരെ ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാരല്ലേ ഞമ്മക്കിവിടെ വളരെ ബുദ്ധിമുട്ടാണ് അവരുടെ ഭാഷ എങ്ങനെയാണ് ഞമ്മക്ക് കുറച്ച് പൈസ കൂടെ വേഗം ഒരു രണ്ടായിരം രൂപ കണ്ടയച്ചതായിരുന്നെന്ന് അതൊക്കെ ഗംഭീരമായിട്ട് കത്തൊക്കെ എഴുതി നിങ്ങൾക്ക് അവിടെ സുഖം തന്നെ നിങ്ങൾ അവിടെ സുഖിക്കുകയാണ് ഞമ്മടെ കൽബ് നീറുകയാണ് കൽബ് എന്ന് പറഞ്ഞാൽ അവരുടെ ഹൃദയം എന്നൊക്കെയാണ് അവരുടെ ഭാഷ കൽബ്ന്നല്ലേ പറയാ അതെ കൽവ് അങ്ങനെയാണ് അവർ എങ്ങനെയാണ് നീരാണ് അതുകൊണ്ട് എത്രയും വേഗം കാശ് എന്നൊക്കെ പറഞ്ഞ കത്ത് ആ അപ്പ അയാൾ അവിടെ ഇതൊക്കെ പോസ്റ്റ്മാൻ വേണം പോസ്റ്റ്മാനാണ് എഴുതുന്നത് നമ്മുടെ കൽവ് നീരാണ് ആ പോസ്റ്റ്മാൻ്റെ അവസ്ഥാന ചുഖത്തൊക്കെ എഴുതുമ്പോ ഇത് അയാൾ തന്നെ വേണം അയച്ചു കൊടുത്തു അവിടെ എത്തിക്കഴിഞ്ഞാൽ സത്യമാണ് ഈ പറയുന്നത് ഐ എം നോട്ട് ജോക്കിംഗ് ഇപ്പോ ഇതൊക്കെ എത്രയോ മാറ്റം വന്നിട്ട് ഇപ്പൊ അവരൊക്കെ അത്രയും ലിറ്ററേറ്റ് ആയി കഴിഞ്ഞു എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു കാലഘട്ടത്തിൽ ഉണ്ടല്ലോ പാവങ്ങൾ വളരെ ഈ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലകളിലൊക്കെ ഉണ്ടല്ലോ കൂടുതൽ മുസ്ലിംസ് ഗൾഫ് ജോലി ചെയ്യുന്നവരാണ് എന്തെങ്കിലും ജോലിക്ക് വേണ്ടിയിട്ട് തള്ളി പറഞ്ഞേക്കവരൊക്കെ ഒന്നിനും അന്നൊന്നും ഫോൺ സൗകര്യമില്ല അപ്പൊ ഇതൊക്കെ ഈ കത്ത് കൂടി എഴുതുക ഈ എഴുതുന്നതൊക്കെ ആണ് ഇവരുടെ പ്രേമവും ദുഃഖവും വിഷമങ്ങളും ഇനി പലപ്പോഴും തമാശ തോന്നാറുണ്ട് അപ്പോ അവിടെ എത്തി അവിടെ ഞാൻ അനക്കതിനു മുമ്പ് ഇത്രയും അതന്നെ ഞാൻ കടം മേടിച്ചതാണ് അനക്ക് പൈസ തരണം എന്നുണ്ട് ഇജ്ജ് എന്റെ കൻപിലുണ്ട് എന്ന് പറഞ്ഞാല് നീ എന്റെ കൺബിലുണ്ട് അതൊക്കെയാണ് അവരുടെ അതുകൊണ്ട് അനക്ക് ഞാൻ ആയിരം മുത്തങ്ങളായിരിക്കും തോന്നുന്നു ഇവിടെ വായിക്കുന്നത് പോസ്റ്റ്മാൻ ആ പോസ്റ്റ്മാൻ ഈ സ്ത്രീകയാണെങ്കിൽ മുത്തം എന്ന് അറിയില്ല പിന്നെ ഇയാളത് ഡെമോൺസ്ട്രേ ചെയ്ത് കാണിച്ചു കൊടുക്കണം ആ ഒരു വിളക്കങ്ങൾ കലി വന്നു രണ്ടായിരം രൂപ കിട്ടിയിരിക്കുന്നത് ഈ മുത്തങ്ങളാണ് ഭയങ്കര ദേഷ്യം വന്നു നിങ്ങൾ അയച്ച മുത്തങ്ങൾ നമുക്ക് കിട്ടി ഞാൻ അന്നോ അഞ്ഞൂറ് പലയിരക്കിടക്കാരന് കൊടുത്തു ഇരുന്നൂറ്റി അമ്പത് കുട്ടികളും സ്കൂളിൽ കൊണ്ട് കൊടുത്തു ഇരുന്നൂറ് ആൽക്കാരന് കൊടുത്തു ഇനി ഇരുന്നൂറെണ്ണം അമ്പതെണ്ണം അത് അറക്ക കൊടുക്കണ്ടതെന്ന് എത്രയും വേഗം അയച്ചു കൊടുക്കുന്നു ഇതവിടെ എത്തിയപ്പോഴേക്കും പൈസ വിട്ടന്നെ വന്നു അവിടെ ഇത്ര അപകടപോളും ഉണ്ടാക്കുന്ന അയാളുടെ രീതി ഇതാണ് ഇപ്പം ഈ ഇതെഴുതുന്നതൊക്കെ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ പാവം പോസ്മാനാണ് പോസ്മാൻ ഇതിലൊരു പങ്കാളിയായി മാറുകയാണ് പക്ഷെ വാസ്തവത്തിൽ പോസ്മാൻ ഒരു ഇതൊക്കെ വായിക്കുമ്പോ അയാളുടെ മനസ്സിൽ എങ്ങനെ ഉണ്ടാവും ഞാൻ അവിടുന്ന് ആയിരം മൊത്തങ്ങൾ അയക്കുന്നതൊക്കെ പറയുമ്പോ ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങളും ചീത്ത അനുഭവങ്ങളും ഇതൊക്കെ നമുക്ക് എത്തിച്ചു തരുന്നത് ആരിലൂടെ കിട്ടിയാലും അത് വെറുമൊരു അവർ വെറും നിമിത്തമാണ് നമ്മളും ഒരു നിമിത്തമാണ് അവരും ഒരു നിമിത്തമാണ് അനുഭവിക്കുന്നത് ശരീരമല്ല അനുഭവിക്കുന്നതൊക്കെ മനസ്സാണ് അപ്പം നമ്മളതിന്റെ മനോഭാവത്തെ ഒന്ന് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ ഇത് ഈശ്വരൻ തന്നിരിക്കുകയാണ് ഞാൻ അതിനെ സ്വീകരിച്ചു അപ്പോഴേക്കും നമ്മുടെ മനസ്സിനൊരു പ്രസന്ന ശാന്തത വന്നു ഈ ശാന്തതയാണ് ഭഗവാൻ പറയുന്നത് കരുണയായിട്ട് മാറ്റണമെന്ന് എന്നിട്ട് പറയാണ് നിർമ്മമോ നിരഹങ്കാര നിർമ്മമോ എന്ന് പറഞ്ഞാൽ ആ മമതയില്ല അല്ലാതെ മാമുണ്ണാത്തവരല്ല മമതയില്ലാത്തവരെന്നുവച്ചാൽ ഒന്നിനോടും അമിതമായി പൊട്ടിപ്പിടിക്കാത്ത ആളുകൾ അമിതമായൊരു ഒട്ടലില്ലാത്തവർ നിരഹങ്കാര നിരഹങ്കാരെന്ന് പറഞ്ഞാൽ വിനയമുള്ളവർ അതിന്റെ ഓപ്പോസിറ്റ് അതല്ലേ ഞാനാണിതൊക്കെ ചെയ്യുന്നത് ഞാനാണ് കൊണ്ടു നടക്കുന്നത് ഞാനില്ലെങ്കിൽ എന്റെ വീട്ടിൽ എന്തുണ്ടാവും ഞാനില്ലെങ്കിൽ എന്റെ ഭർത്താവ് ജീവിക്കോ എന്റെ മക്കൾ ജീവിക്കുവോ ഞാനില്ലെങ്കിൽ എന്റെ ഭാര്യ ജീവിക്കുവോ എന്നുള്ള ചിന്തകളെയാണ് ഇതില്ല പിന്നെയോ സമദുഖസുഖമി ആ സുഖത്തിലും ദുഃഖത്തിലും സമബുദ്ധിയുള്ളവര് പിന്നീട് സന്തുഷ്ട സതതം എപ്പോഴും സന്തുഷ്ട എന്ത് കിട്ടിയാലും മനസ്സിൽ എന്ത് വയ്ക്കണം ആ പ്രസന്നത ഇതാണ് ഭഗവാൻ നിശ്ചയിച്ചത് അന്ന് പറയാനുള്ള മനസ്സുള്ളവര് യഥാത്മാ ദൃഢനിശ്ചയ മനസ്സിനെ എന്നിൽ ദൃഢനിശ്ചയ എന്ന് വെച്ചാൽ ഇളകാതെ പൊറപ്പിച്ചു നിർത്തുന്നവര് അവരാണ് വാസ്തു എന്റെ ഭക്തന്മാർ ഇതിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മതി അദ്വേഷ സർവഭൂതാനാം പലർക്കും പ്രയാസമാണ് സർവഭൂതങ്ങളോടും എളുപ്പമാണോ അത് ഏ തീരെ നമുക്ക് ശത്രുക്കളൊന്നും ഉണ്ടാവാണ്ടിരിക്കുമോ ചെറിയൊരു ശത്രുക്കളൊക്കെ എവിടെങ്കിലും ഉണ്ടാകും പൂർണമായിട്ട് ഇപ്പൊ ശത്രുക്കളി ഇല്ലാത്ത ഒരാള് ജീവിതത്തിൽ വളരെ വളരെ വളരെ പ്രയാസാണ് നിങ്ങൾ എന്തെങ്കിലും തരത്തില് നിങ്ങൾ ഡിസ്റ്റേബ് ചെയ്യുന്ന ആളുകളോട് നിൽക്കരു ശത്രുത വരും ഇതെങ്കിലും പ്രാക്ടീസ് ചെയ്യൂ ഏത് സന്തുഷ്ട സതതം യോഗി എന്താണ് എപ്പോഴും അപ്പൊ പിന്നെ ദ്വേഷമൊക്കെ പോയിക്കോളൂ ക്രമേണ ക്രമേണ നമ്മുടെ ഉള്ളിൽ നിന്ന് വിദ്വേഷമൊക്കെ ഇതൊക്കെ വന്നിട്ട് നിങ്ങളൊരു ഭക്തരാവെന്ന് പറഞ്ഞ സാധ്യമല്ല ഏതെങ്കിലും ഒന്നിൽ പിടിച്ചു തൂവുക എന്നിട്ട് അങ്ങനെ കടന്നു പോകാം ആ ഒരു പിടുത്തം കിട്ടിക്കഴിഞ്ഞാലോ പിന്നെ ബാക്കിയുള്ളതൊക്കെ നേടിയെടുക്കാൻ സാധിക്കും ഒരു കോണിയിൽ ഒരു സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ള സ്റ്റെപ്പുകളൊക്കെ നമുക്ക് കയറാൻ സാധിക്കും അല്ലേ ഒരിക്കലൊരു ഹെലികോപ്റ്റർ പറഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ പ്ലെയിൻ ചെറിയൊരു പ്ലെയിൻ ഈ പ്ലെയിനിൽ പെട്ടെന്ന് കേടുപറ്റി അപ്പൊ ഇദ്ദേഹം പറഞ്ഞു ഞാനൊരു കാര്യം ഞാൻ പ്ലെയിൻ താഴ്ത്തി തരാം കയറിട്ട് തരാമെന്ന് പറഞ്ഞു കയറിൽ കൂടെ തൂകണം അഞ്ചു പേരിലധികം തൂകരുത് പന്ത്രണ്ട് പേരുണ്ട് പ്ലെയിനിൽ ആദ്യം അവരിറങ്ങിട്ട് രണ്ടാമത്തെ ഗ്രൂപ്പ് പറഞ്ഞ് ഉപസമരിപ്പിച്ചിട്ട് ഇയാള് പറഞ്ഞ് തീർത്തില്ല കയറിട്ട് കൊടുത്തതും എട്ടുപേരാണ് തൂങ്ങിയിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞു എല്ലാവരും പോവും എട്ടുപേരിൽ രണ്ടു പേര് ചാടും എന്നാലേ ബാക്കിയുള്ളവരെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂന്ന് ആരും ചാടാൻ തയ്യാറില്ല അപ്പം അതിൽ പെൺകുട്ടിയുണ്ട് അപ്പൊ ഇവിടെ പറഞ്ഞു തന്നാൽ നിങ്ങളൊന്നും ചാടന നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചാടിക്കോളാമോ ഇത് കേട്ടിയപ്പോൾ കേട്ടപ്പോൾ എല്ലാവരും ഇങ്ങനെ കൈപൊട്ടി ഇങ്ങനെയായിരിക്കണം കുട്ടികളെന്ന് പിന്നെ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ ഇങ്ങനെ ആയിരിക്കണം കുട്ടികളെന്ന് പറഞ്ഞിട്ട് അത്ര ആവേശത്തിൽ അവർ കൈപൊട്ടിയത് വീണു എല്ലാം അപ്പോ നമ്മള് ഒരു പിടുത്തം പിടിച്ചാൽ തന്നെ ആ പിടിത്തത്തിന് നമ്മളെ നല്ല രീതിയിലാണ് പിടിക്കുന്നതെങ്കിൽ ക്രമേണ അടുത്ത പടിയിലേക്ക് ഉയർത്താൻ പറ്റും നമ്മൾ പലരും ഉണ്ടല്ലോ ഒന്നിൽ തന്നെ അങ്ങോട്ട് പിടിക്കുന്നില്ല ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഒന്നും ഞാൻ വികസിപ്പിക്കുന്നില്ല ഐ വിൽ ഡെവലപ്പ് വൺ പോളിസി അല്ലെങ്കിൽ വൺ എന്താണ് വാല്യൂ എന്നുള്ളത് ഇതാണ് എന്റെ ജീവിതത്തിൽ ഞാൻ കൊണ്ടു പോകുന്നത് ഇത് ഞാൻ എപ്പോഴും കൊണ്ടു ഏത് ഏതാണോ നിങ്ങൾക്ക് അപ്പീലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് സന്തുഷ്ട സതതം യോഗി കൊണ്ടു നടക്കാൻ കൊണ്ടു നടക്കും അല്ലെങ്കിൽ എന്താ പറഞ്ഞത് സമദുഖസുഖന്ന് വന്നാലും ഞാൻ അതിനെ പ്രസന്നതയോടെ സ്വീകരിക്കും അത് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും ഏതെങ്കിലും ഒന്നെടുക്കൂ അല്ലെങ്കിൽ മൈത്രി ഭാവം ഞാൻ എന്റെ മനസ്സിനെ ഞാൻ വികസിപ്പിച്ച് മറ്റുള്ളവരോടൊക്കെ ഇടപഴകും ഈ രീതിയിലൊക്കെ നമ്മൾ പരിശീലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സുഹൃത്വം നമ്മുടെ ജീവിതത്തിൽ മയ്യർപ്പിതമനോ ബുദ്ധി ഏത് സാധിക്കും മനസ്സും ബുദ്ധിയും ആർക്കർപ്പിക്കാം ഭഗവാൻ അർപ്പിക്കാം എന്ന് പറഞ്ഞ് ഒരു കൂട്ടരെ വെച്ചു അപ്പൊ നമ്മൾ ഈ ലിശ്യൽപ്പെടുവോ ോദിജത്തെ ലോകാന്നോദിജയാർമർഷയോ ദ്ഗൈ മുസ്മാജത്തെസ്മാദത്തെ ലോക ആരെക്കൊണ്ടാണോ മറ്റുള്ളവർക്ക് ലോക മീൻസ് മറ്റുള്ളവർക്ക് ഉദ്വേഗം ഡിസ്റ്റേബൻസ് ഇല്ലാത്തത് ലോകാത് ന ഉദ്വിജതെയ ലോകം ഒരാളെ ഡിസ്റ്റേബ് ചെയ്താലും ആരാണോ ഡിസ്റ്റേബ് ആവാതിരിക്കുന്നത് എന്നാ പറഞ്ഞത് ഈ ശ്ലോകം നല്ലവണ്ണം ശ്രദ്ധിക്കണം ആരിൽ നിന്നാണോ ലോകഹ ന ഉദ്ജത ലോകം മീൻസ് അല്ലെങ്കിൽ മറ്റുള്ളവര് ണോ മറ്റുള്ളവരാൽ മറ്റുള്ളവരെ ഡിസ്റ്റേബ് ചെയ്യാത്തത് അതുപോലെ തന്നെ ലോകാത് ഉദ്വിജത ആരാണോ ലോകം ഡിസ്റ്റേബ് ചെയ്താലും ഡിസ്റ്റേബ് ചെയ്യാത്ത താൻ മറ്റൊരാൾക്ക് ഡിസ്റ്റേബൻസും ഇല്ല മറ്റുള്ളവരെ ഡിസ്റ്റേർബ് ചെയ്താൽ അത് ഡിസ്റ്റേബ് ആവില്ല മനസ്സിലാവുണ്ടല്ലോ മനസ്സിലായോ അപ്പൊ നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്കൊരു ഹെഡേക്ക് ഉണ്ടാവരുത് മറ്റുള്ളവരെ ഹെഡ് അത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യരുത് എഫക്ട് ചെയ്യരുത് ഈ തരത്തിൽ ആരാണോ ഡെവലപ്പ് ചെയ്യുന്നത് ഹർഷ അമർഷ ഭയ ഉദ്വേഗ മുക്ത ഏതിൽ നിന്നൊക്കെയാണ് ഹർഷത്തിൽ നിന്ന് അമർഷത്തിൽ നിന്ന് ഭയം ഉദ്വേഗം ഉദ്വേഗം എന്ന് പറഞ്ഞാൽ ആൻസൈറ്റി ഇതിൽ ആരാണോ മുക്തരായിരിക്കുന്നത് അവരാണ് എനിക്ക് അപ്പൊ ഒരു ഭഗവാന്റെ ഭക്തെന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം ആരെയും മറ്റുള്ളവരെയൊന്നും കഴിയുന്നതും ഡിസ്റ്റേബ് ചെയ്യാൻ പോകരുത് നമ്മൾ ചില കാര്യത്തിലൊക്കെ നമ്മൾ ചിലരെയൊക്കെ നമ്മൾ സ്വഭാവം കൊണ്ട് ചിലപ്പോൾ നമ്മൾ അകറ്റി നിർത്തേണ്ടി വരാം അവര് വല്ലാതെ നമ്മളെ ഡിസ്റ്റേബ് ചെയ്താൽ എന്നാലും നമ്മൾ ഒരാളെയും വെറുക്കാൻ നമ്മുടെ മനസ്സിനെ സമ്മതിക്കരുത് ചിലരുടെ ഹാബിറ്റ് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല ട്വന്റി ഫോർ നമ്മുടെ ചുറ്റും നിന്നിട്ട് കെ എന്ന് പറയുകയാണെങ്കിൽ അപ്പൊ നമുക്ക് ആകെ ഡിസ്റ്റർബൻസ് വരും നമ്മൾ ചിലരെയൊക്കെ എന്ത് ചെയ്യണം കീപ്പിറ്റ് ഇതിനെ പറയും ഉപേക്ഷ എന്ന് പറയും ഭാഗവതത്തിൽ വീണ്ടും പറയും ഉപേക്ഷ മൈത്രകരുണ ഉപേക്ഷ എന്നുള്ളൊരു വാക്കുപയോഗിക്കും ഉപേക്ഷ എന്ന് പറഞ്ഞാൽ ചില ആളുകളെയൊക്കെ നമ്മൾ മാറ്റി നിർത്തേണ്ടി വരാം എന്നാലും അവരോട് എന്തുണ്ടാവരുത് വെറുപ്പുണ്ടാവരുത് വി ഷുഡ് നോട്ട് ഹെയ്റ്റ് എനി പിന്നെ നമ്മൾ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടാ നമ്മുടെ ബിഹേവിയർ ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടോ പ്രത്യേകിച്ച് നമ്മൾ പ്രായം കൂടുന്തോറും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നാവിനെ മറ്റൊരാളെ വല്ലാതെ വെറുപ്പിക്കാൻ സാധിക്കും അടക്കി വെക്കേണ്ട ഒരു സാധനമാണ് ഏത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് പ്രായമുള്ളവര് അവരതിങ്ങനെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും മറ്റുള്ളവരുടെ കുറ്റങ്ങളും പറയാൻ തുടങ്ങും ഈ സാധനമാണ് നമ്മളെ മറ്റുള്ളവരിൽ നിന്നും അകറ്റുന്നത് അതുകൊണ്ട് ഭഗവാൻ വളരെ എടു പറയും ഉദ്ധവർക്ക് പറഞ്ഞുകൊടുക്കുമ്പോൾ പറയും ജിഹോസ് ഭഗവാൻ ഉദ്ധവർക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ഉദ്ധവര് കയമ കനിയമ ക ഭഗവാനെ അതെന്താണ് ഇതെന്താണ് എന്ന് ചോദിക്കുമ്പോൾ ചോദിക്കുന്ന ചോദ്യമാണ് എന്താണ് ജയിക്കേണ്ടത് ഭഗവാൻ ജയിക്കേണ്ട സാധനത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് ജിഹുവെ ജയിക്കണം ഏതിനെ ജയിക്കണം എന്താ നാവിനെ ജയിക്കുക എന്ന് പറഞ്ഞാല് അനാവശ്യമായ കാര്യങ്ങൾ പറയാൻ നാവിന് അനുവദിക്കണം നമ്മൾ പറയുന്നത് നമുക്കൊരു പക്ഷേ ഒരു എക്സൈറ്റ്മെന്റ് തോന്നും നമുക്ക് തോന്നുമ്പോ നമ്മൾ പറയുന്നത് ഗംഭീരാണ് പക്ഷെ മറ്റൊരാൾക്ക് അതൊരു ഡിസ്റ്റർബൻസ് ആയി മാറുന്നുണ്ട് അപ്പം മിണ്ടാണ്ടിരിക്കുക അതിനർത്ഥം ഇരുപത്തിനാല് മണിക്കൂറും കാരണം ഞാൻ ആവു പറഞ്ഞ ആ പ്രശ്നമാണ് ഇന്ന് പറഞ്ഞിട്ട് മസ്സിൽ പിടിച്ചിരിക്കുന്ന നല്ലതിനർത്ഥം ഡസിന്റ് മാറ്റർ ലൈക്ക് ദാറ്റ് നമ്മൾ സംസാരിക്കണം പ്രീതിയോടുകൂടി സംസാരിക്കണം അവരുടെ വിശേഷങ്ങൾ മറ്റുള്ളവരുടെ കുശലങ്ങൾ എന്തൊക്കെയാണ് വിശേഷം അവരുടെ കാര്യങ്ങൾ ചോദിക്ക എന്റെ വീട്ടില് കാര്യങ്ങൾ എന്റെ വിഷമങ്ങള് അത് പറയുന്നതാണ് മറ്റുള്ളവർക്ക് ഇഷ്ടക്കടവ് അല്ലേ ആണോ അല്ലേ നിങ്ങൾ ഡോക്ടറെ അടുത്ത് കൺസൾട്ട് ചെയ്യാൻ ചെയ്യലെന്ന സമയത്ത് ഡോക്ടർ പറയുകയാണോ എനിക്ക് എന്തായാലും മതി വയറുവേദന ഇവിടെ തുടങ്ങിയതാണ് പക്ഷെ ഇവിടേക്ക് വന്നിട്ടുണ്ട് എന്താവോന്നറിയില്ല നെഞ്ചിനു ഒത്തിരി വേദന ഉണ്ട് തൊണ്ടയ്ക്ക് ശ്വാസവും മുട്ടുന്നുണ്ട് ഇതാ കൂടി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ആർക്കാർ ഡോക്ടർ ഇതൊക്കെ പറയാൻ തുടങ്ങിയാലോ ഏ ഒരാൾ ഡോക്ടറെടുത്ത് ചെന്നിട്ട് പറഞ്ഞു ഡോക്ടറെ ഭയങ്കര മുട്ടുവേദന രണ്ട് മൂന്നാഴ്ച തുടങ്ങിയിട്ട് ഡോക്ടർ പറഞ്ഞു എനിക്കും ഉണ്ട് ഈ വേദന എന്ന് മുട്ടുവേദന മാത്രമല്ല മസിൽ രാത്രി കയറുന്ന ഒരു സ്വഭാവമുണ്ട് എനിക്ക് ഉരുണ്ട് കയറിയെന്നൊരു അസുഖം ഡോക്ടർ പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് എനിക്കും ഉണ്ടാവാറുണ്ട് ഉരുണ്ട് കയറി മാത്രമല്ല മസിലെ കൊണ്ട് ഇറങ്ങി കിട്ടാൻ വലിയ പ്രയാസമാണ് പിന്നെ കുഴമ്പൊക്കെ ഭാര്യയും മക്കളൊക്കെ കയ്യും കാലൊക്കെ വലിച്ചിട്ട് വേണം അതിനെ ഇറക്കാൻ അവര് ഡോക്ടറെ പറയാൻ വീട്ടിലും അങ്ങനെ തന്നെയാണെന്ന് പിന്നെ ഡോക്ടറെ എനിക്ക് എണീക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ട് ഡോക്ടർ പറഞ്ഞു എനിക്കും തന്നെയാണ് പ്രശ്നമെന്ന് കുറച്ചും ചെറുതാണ് ഒട്ടേറെ ഡോക്ടറെന്ന് കാരണം ഈ രോഗങ്ങളൊക്കെ ഡോക്ടർ ഇതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഡോക്ടർ ആണെന്നുള്ള വ്യത്യാസം നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോയിട്ട് വിഷമങ്ങൾ പറയുമ്പോൾ ഡോക്ടർ അതെയോ ഓ ആ അപ്പൊ നിങ്ങൾ വിചാരിക്കും ഡോക്ടർ ഇതൊക്കെ ഡോക്ടറെപ്പഴേക്ക് എഴുതി കഴിഞ്ഞതൊന്നും നേരെ കേസുകളല്ലേ രണ്ട് പെയിൻ കില്ലറും ഇതുപോലെ തന്നെ അസുഖങ്ങളാണ് കാരണം അവർക്കത് കേട്ട് കേട്ട് കേട്ട് മടുത്ത കാര്യങ്ങളാണ് അപ്പൊ അങ്ങനെ നമ്മൾ നമ്മുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പറയുമ്പോ നമ്മളൊരു മൊസ്കിറ്റോസായി മാറും അപ്പൊ അവർക്ക് റിപ്പലന്റ് വെക്കേണ്ടി വരും എന്ത് ആളൌട്ട് അവര് പലതും വെക്കേണ്ടി വരും നമ്മളെ പിടിച്ച് പുറത്താക്കാൻ വേണ്ടിയിട്ട് ഒരു ഈച്ചയെപ്പോലെ ആവരുത് നമ്മള് ഒരു തേനീച്ചയെപ്പോലെ ആവണം തേനീച്ച വലിയ അപകടകാരിയാണ് പക്ഷെ ചെന്നിരിക്കുന്നത് തേനുള്ളതിൽ മാത്രേ ഇരിക്കുന്നത് ഈച്ച അതല്ല ഈച്ച എല്ലാ വൃത്തികേണ്ടിലും പോയിരിക്കും അല്ലതിലും പോയിരിക്കും ചീത്തതിലൊക്കെ പോയിരിക്കും ഉണ്ടോ അത് വലിയ ഉപദ്രവകാരിയാണ് അതുപോലെ നമ്മൾ ഈച്ചയാവരുത് തീർച്ചയാവണം വേണ്ടടുത്ത് മാത്രം പോയിരിക്കുക വേണ്ടത് ശേഖരിക്കുക കൊടുക്കുന്നത് ഈ തേനീച്ച കൊടുക്കുന്നത് എല്ലാവർക്കും എന്താ കൊടുക്കുന്നത് തേനാണ് കൊടുക്കുന്നത് മധുരമാണ് കൊടുക്കുക മധുപതിശ മധുപക്ഷ്യാമി അങ്ങനെയാണ് നമ്മുടെ ഉപനിഷത്തൊക്കെ പറയുക ഈ കുട്ടികൾക്കുണ്ടല്ലോ അരിശ്രീ കുറിക്കുമ്പോഴേ ഈ തേനിൽ മുക്കി കൊടുക്കുന്നത് എന്തിനാണ് മധുരമായ വാക്കുകൾ വരണമെന്നാണ് അല്ലേ അതിന് ദിവസം രാവിലെ തേൻ കുടിച്ചാൽ വരുവോ നാളെ മുതൽ കൊടുത്തു നോക്കാം സ്വാമി എന്ന് അങ്ങനെയൊന്നും വരില്ല നമ്മളെ പരിശീലിച്ചെടുക്കണം കഴിഞ്ഞതും മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത വിധത്തിലൊക്കെ കുശലങ്ങളെ ചോദിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ വിഷമങ്ങളൊന്നും പറയാതെ ജീവിക്കുക പിന്നെന്താ പറയുന്നത് ലോക ലോകം നമ്മളെ ഡിസ്റ്റേബ് ചെയ്താലും നമ്മൾ കഴിഞ്ഞതും അതിലൊന്നും ഡിസ്റ്റേബ് അങ്ങനെ നമ്മൾ പരിശീലിച്ചെടുക്കണം അത് വളരെ പ്രയാസമാണ് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എല്ലാവരുടെ മുന്നിലും വെച്ചിട്ട് നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ നല്ല തൊലിക്കട്ടി വേണം അത് ഉൾക്കൊള്ളാൻ മനസ്സിന് നല്ല ഫലം വേണം എന്നിട്ട് പറഞ്ഞു ഹർഷ അമർഷ വയോദ്വേഗി മുക്തോയസ് ജമേപ്ര ഇതൊക്കെ നോക്കൂ നിങ്ങൾ ഈ ശ്ലോകങ്ങളിലൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു ഹൈ ലെവലിലേക്ക് ഉയർന്ന മനസ്സുള്ളവരെയാണ് ഭഗവാൻ ഭക്തനായിട്ട് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ കുറെ ആചാര അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നവരല്ല നമ്മൾ എന്താ കരുതിയിരിക്കുന്നത് എന്നും അമ്പലത്തിൽ പോയി പിൻവിളക്ക് കത്തിച്ചു മുൻവിളക്ക് എത്തിച്ചു ഭഗവാനെ മാലിട്ടു ഓ എന്ത് വലിയ ഭക്തന്മാരാണെന്നല്ലേ പറയാ ഏ എന്റെ ഭർത്താവും മരിച്ചപ്പ സ്വാമി സർവ്വ ആഭരണങ്ങളും ഞാൻ ഗുരുവായൂരപ്പിന് കൊടുത്തു അല്ലെങ്കിൽ എന്റെ സ്വത്ത് ഞാൻ ഗുരുവായൂരപ്പന് എഴുതി വെച്ചു ഞങ്ങളുടെ വീട്ടിൽ അത് ഞങ്ങൾ ഗുരുവായൂരപ്പന് എഴുതി വെച്ചു ഞാൻ കിരീടം കൊടുത്തു ഗുരുവായൂരപ്പിന് ഞാൻ രണ്ട് കൊടുത്തു ഗുരുവൂരപ്പിന് ഇതിന്റെ ഒരു വല്ല കുറവുണ്ടോ അങ്ങനെയൊക്കെയാണല്ലോ ആളുകൾ ഭക്തി പറയാ ഭഗവാന്റെ ഭക്തരാണെന്ന് ഇതൊന്നുമല്ല ഗുരുവായൂരപ്പന്റെ ഭക്തി ഭഗവാന്റെ ഭക്തി പറയുന്നത് നമ്മുടെ എന്താണ് മനസ്സ് എത്രത്തോളം വികസിച്ചിട്ടുണ്ടെന്നാണ് ഇനി ഭഗവാൻ പറയണോ അനവേക്ഷ ഉദാസീനോഗ്യതാം സർവാരംഭപരിത്യാഗി ിയ അനപേക്ഷ അനപേക്ഷാൽ ഒരു അപ്ലിക്കേഷനും കൊടുക്കാത്ത പാർട്ടീസ് ജീവിതത്തിൽ ഒന്നിനും ഒരു അപ്ലിക്കേഷനില്ലാത്തവരൊക്കെ ഭഗവാന്റെ ഭക്തന്മാരെ അനപേക്ഷ എന്ന് പറഞ്ഞാൽ അപ്ലിക്കേഷൻ കൊടുക്കാത്തവർ നല്ല അർത്ഥം അന അപേക്ഷ ഒന്നിനോടും അമിതമായൊരു ആസക്തി ഒട്ടലില്ലാത്തവര് ഒന്നിലും ഒട്ടിപ്പിടിച്ചു നിൽക്കാത്തവര് അവരാണ് ശരിക്കുള്ള ഡിവോട്ടീസ് പിന്നെ പറയുന്നു ശുചി ശുചിത്വം എന്ന് പറഞ്ഞാൽ മനസ്സിൽ ശുചിത്വം എന്ന് വെച്ചാൽ എന്താണ് മനസ്സിന്റെ ശ്രദ്ധ തിരിക്കാൻ സാധിക്കുന്നവർ ഒന്നിലും ഒട്ടിപ്പിടിക്കാൻ സാധിക്കാതിരിക്കണമെങ്കിൽ മനസ്സ് ശ്രദ്ധ തിരിച്ചെടുക്കണം ദക്ഷ ഉറപ്പിക്കാൻ പറ്റുന്നവർ ഉദാസീനോ ഉത് മനസ്സിനെ ഉയർത്താൻ സാധിക്കും ഗതവ്യത എല്ലാ വ്യതകളിൽ ഗത പുറത്തു കടന്നവര് എല്ലാ ദുഃഖങ്ങളിൽ നിന്നും പുറത്തു കടക്കാൻ സാധിക്കുന്നവര് സർവ ആരംഭപരിത്യാഗി ഇത് വല്ലാത്തൊരു ഇതാണത് സർവാരംഭപരിത്യാഗി എന്ന് പറഞ്ഞാൽ സർവ ആരംഭങ്ങളെയും പരിത്യാഗം ഇപ്പൊ നിങ്ങൾ ഗീത പഠിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാൻ പറയുന്നു ഒരു യഥാർത്ഥ ഭക്തനാണെങ്കിൽ സർവ ആരംഭത്തെയും പരിത്യാഗം ചെയ്യണമെന്ന് പറഞ്ഞാൽ The one who renounced new new projects. Suppose I want to study Bhagavad Gita. According to Bhagavan, who is a sincere devotee? The one who dropped his project, he is a sincere devotee. If I am not going to be going to be able to go to the Bhagavan. It is all about Bhagavan. Why do you know that? What do you know? If you are not going to be able to get the same, the same and the same and the same പരിത്യജിച്ചവർ എന്ന് വെച്ചാൽ എന്താണ് തുടങ്ങിയെടുത്ത് നിൽക്കാത്തവരം ദ വൺ ഹൂ പു് ദ സ്റ്റെപ് ടു എ നെക്സ്റ്റ് സ്റ്റേജ് എന്നാണ് ആരാണോ തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുന്നത് അവരാരംഭത്തിൽ നിൽക്കുന്നവരാണ് ആരംഭത്തിൽ നിന്നും ഉയർന്നവരെയാണ് എന്ത് പറയുന്നത് സർവാരംഭപരിത്യാഗീന്ന് പലരും ഉണ്ടല്ലോ ആധ്യാത്മികതയിൽ ഉയരാത്തതിന് കാരണം അവർ തുടങ്ങിയിട്ട് തന്നെ നിന്ന് കളയാ അവിടെ തന്നെ അവിടെ തന്നെ നിന്ന് കളയുക അങ്ങനെ അടുത്ത സ്റ്റെപ്പ് കയറണ്ടേ അതാണ് നിങ്ങളൊക്കെ സുഹൃതികളാണ് അറ്റ്ലീസ്റ്റ് ഗീതൊക്കെ വായിക്കണം പഠിക്കണം മനസ്സിലാക്കണം ഉൾക്കൊള്ളണം എന്നൊക്കെ മനസ്സിലായില്ലേ ഇനി ഇവിടം കൊണ്ട് നിർത്തരുത് ഇനി എന്ത് വേണം ഡെയിലി ഗീത വായിക്കുക ഡെയിലി മനസ്സിലാക്കുക അങ്ങനെ അത് വായിച്ച് മനസ്സിലുറപ്പിക്കുക ശ്ലോകങ്ങള് അത് കഴിഞ്ഞിട്ട് ആർക്കെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കും അപ്പൊ ഒന്നുകൂടി ഇത് ഉറച്ചു കിട്ടും പിന്നെ അതിന്റെ അർത്ഥങ്ങളൊക്കെ എഴുതി വെക്കാൻ തുടങ്ങി എന്താ ഈ ശ്ലോകത്തിന്റെ അർത്ഥം എന്താ ഈ ശ്ലോകത്തിന്റെ അർത്ഥം അപ്പം പിന്നെ പുസ്തകം വേണ്ടി നമുക്ക് നമുക്ക് എന്താ മനസ്സിലായത് അങ്ങനെ ഓരോ ആചാര്യന്മാരും വ്യത്യസ്ത രീതിയിൽ ചിന്തിച്ചത് ഇവിടെ അനവധി തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വന്നത് നിങ്ങൾക്കൊരു വ്യാഖ്യാനം എഴുതാ നിങ്ങളൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ എത്ര വ്യാഖ്യാനായി ഉം എത്ര വ്യാഖ്യാനം എഴുതാ നമുക്ക് ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഓരോ ശ്ലോകം എഴുതുക എന്ന ഓരോ ശ്ലോകത്തിലും ഇങ്ങനെ വ്യാഖ്യാനം വ്യാഖ്യാനം ഈ മുത്തങ്ങളുടെ കഥ എഴുതരുത് കേട്ടോ അവസാനം ആളുകൾ വായിക്കുമ്പം ഇതാണോ ഗീത വിചാരിക്കും അപ്പം പുതിയ അർത്ഥം നമുക്ക് കണ്ടെത്താൻ കാലഘട്ടത്തിനനുസരിച്ച് പുതിയ പുതിയ എന്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ഈ വ്യാഖ്യാനം എന്നെ സഹായിച്ചത് ഈ വ്യാഖ്യാനം എന്നെ എങ്ങനെ സഹായിച്ചു ഈ വ്യാഖ്യാനം എങ്ങനെ സഹായിച്ചു ഇത് നമുക്ക് നല്ലൊരു ഒരു അറിവ് തരും ഇങ്ങനെ നമ്മൾ പരിശീലിച്ചെടുക്കണം സർവാരംഭ പരിത്യാഗി ആ എന്ന് പറഞ്ഞാൽ എവിടുന്നാണോ തുടങ്ങിയത് അവിടെ തന്നെ നിൽക്കാതെ അതിൽ നിന്നും ഉയർന്നിരിക്കുന്ന ആളുകൾ അപ്രകാരമുള്ള മൽഭക്ത അവരെ എനിക്കിഷ്ടമാണ് അവരാണ് എന്റെ പ്രിയക്കരൻ അപ്പൊ ഈ ചില ആളുകളുണ്ടല്ലോ ഈ ധൈര്യ അമ്പലത്തിൽ പോയിട്ട് പരിശീലിക്കുന്ന ആളുകളുണ്ട് അവർക്കൊരു ദിവസം അമ്പലത്തിൽ പോയി വളരെ ഡിസ്റ്റർബൻസാണ് അവരതിൽ തന്നെ അങ്ങനെ കുരുങ്ങിപ്പോയി അവർക്ക് വേറെയും അമ്പലത്തിൽ പോയാൽ മാത്രം പോരാ ഒരു യാതൊരു ഡിസ്റ്റേബൻസും ഇല്ലാതെ തൊഴാനും വരണം അങ്ങനെയുള്ളവർ വല്ല വിശേഷ ദിവസങ്ങളിൽ പോയാലോ ഏയ് ആളുകൾക്ക് ഭ്രാന്താണ് എല്ലാവരും കൂടെ വന്ന് തള്ളിക്കയറി ദൈവത്തിന്റെ അടുത്തേക്ക് വന്ന് എന്ത് കിട്ടാനാണ് പോകുന്നത് ഇവരതാ ചെയ്യണത് അന്ന് അവർക്ക് തൊഴാൻ പറ്റിയില്ല അത് അവർ ഡിസ്റ്റേബാണ് അങ്ങനെയുള്ള ആളുകളെ കാണാറുണ്ടോ നിങ്ങള് ഉണ്ടോ ഇല്ലയോ അതവരാ അതിലങ്ങനെ കുരുങ്ങി കിടക്കുന്നത് നമുക്ക് തൊഴുതാലും തൊഴുതില്ലെങ്കിലും നമ്മുടെ മനസ്സിലെപ്പോഴും കൂടെ ആരുണ്ട് അത് നല്ലവണ്ണം ഉറപ്പിക്കണം അത് നല്ലവണ്ണം നമ്മൾ ശരിക്കും അടിച്ചുറപ്പിച്ചു വെക്കണം ഇനി വീണ്ടും പറയുന്നു യോ നൃഷ്യതിനേഷി നശോചതിന ശുഭാശുഭപരിത്യാഗി ഭക്തിമാന്യ സമീപിയ ന ഹൃഷ്യതി എന്തെങ്കിലും കിട്ടിയാൽ ി നിങ്ങൾക്ക് ഹസ്ബൻഡ് ഒരു മാല കൊണ്ട് തന്നു അഞ്ചു പവന്റെ മാലയാണെന്ന് പറഞ്ഞെ നല്ല സ്വർണ്ണമാലയാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങളത് കഴുത്തിലിട്ട് ജനങ്ങളുടെ മുന്നിലൊക്കെ കാണിച്ച് നടന്ന് പിന്നെ ആള് പോയതിനു ശേഷം നിങ്ങളത് കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെയാ മനസ്സിലാക്കിയത് അത് വെറും സ്വർണ്ണമായിരുന്നില്ല അത് എന്തായിരിക്കും മനസ്സിന്റെ അവസ്ഥ ഹൃഷ്യതി ദേഷ്യം വരുമോ ഉണ്ടോ ഇല്ലയോ എന്നാലാ മനുഷ്യ ഇങ്ങനെ ഒരു ക്രൂരത ചെയ്തിട്ടല്ലേ എന്നോട് പോയത്തിരിക്കരുത് അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു വസ്തു കിട്ടുമ്പോ ഒരു സന്തോഷമുണ്ടാവും അത് നല്ലതല്ല അല്ലെങ്കിൽ നഷ്ടപ്പെടാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഒരു വിഷമം ദേഷ്യമൊക്കെ ഉണ്ടാവും തന്നത് കള്ള സാധനമാണെങ്കിൽ അതിനോടൊരു ദേഷ്യം ഉണ്ടാവും ഉണ്ടാവാണ്ടിരിക്കില്ല മനസ്സല്ലേ വികാരങ്ങൾ വന്നേ പറ്റുള്ളൂ പക്ഷെ ഭഗവാൻ പറയണോ ഇതൊക്കെ വന്നാലും ഈ ഹൃഷ്യതിന്നൊക്കെ വന്നാലും ഉടനെ തന്നെ നമ്മൾ അതിൽ നിന്നൊക്കെ ഒട്ടി നിൽക്കാൻ സമ്മതിക്കേകം അതിൽ നിന്ന് പുറത്തു കടന്നേക്കണം എന്ന ഉദാസീനോ ഗതവ്യത സോറിതി നാംക്ഷതി അതെങ്ങനെയാ പുറത്തു കിടക്കുക ഭഗവാനേക്കാളും വലിയൊരു സമ്പത്ത് വേറെ ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ നമോ അകിഞ്ചരവിത്തായ വൃത്ത ഗുണവൃത്തേ ആരാ പറയുന്നത് നമോ അകിഞ്ചനവിത്തായ നിവൃത്ത ഗുണവൃത്തയെ ആത്മാ രാമായ ചാന്തായ കൈവല്യവതയെ നമ പറയുന്നത് ഭാഗവതത്തിൽ കുന്തി ദേവിയാണ് ഭഗവാനേക്കാളും വലിയൊരു സമ്പത്ത് എനിക്ക് വേറെ ഏതാ ഉള്ളത് എന്നൊക്കെ ചോദിക്കുന്നത് ഇപ്രകാരമൊക്കെ നമ്മളെ മനസ്സിനെ പരിശീലിപ്പിച്ചെടുത്താൽ ശുഭ അശുഭപരിത്യാഗി ശുഭയെയും വേക്ഷിക്കണം ശുഭാൽ ശുഭ അശുഭപരിത്യാഗി ആരാണ് ശുഭത്തെയും അശുഭത്തെയും പരിത്യാഗം ചെയ്യുന്നവരൊക്കെ ഭക്തിമാൻ മേ പ്രിയ അവരൊക്കെ അപ്പം അശുഭമാണ് എന്ന് പറഞ്ഞ് കാത്തിരിക്കരുത് ശുഭത്തിലും അശുഭത്തിലൊക്കെ ആരെ തന്നെ ശ്രദ്ധിക്കണം എന്തൊക്കെയാ പറയണം നോക്കൂ നിങ്ങൾ സമശത്രുചമിത്രേച്ച കഥാമാനാപമാനയോ ശീതോഷ്ണസുഖുഃഖേഷു സമസങ്കവിർജിതം ശത്രുവിനെയും മിത്രത്തെയും ഒരേ കല്യാണം വീട്ടിൽ വെച്ച് കണ്ടു കഴിഞ്ഞാൽ ശത്രുവിനേയും ഇത്രത്തെയും വെച്ച് ഒരേ കല്യാണ വീട്ടിൽ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങോട്ടാണ് പോവേ നമ്മള് ഒരു ചേരില് ശത്രു ഇരിക്കണോ തൊട്ടടുത്ത ചേരൽ മിത്രം ഇരിക്കണോ മനസ്സില് ടെൻഷൻ വരുമോ ശത്രുവിനെ കാണണോ മിത്രത്തിനെ കാണണോന്ന് അപ്പൊ നിങ്ങള് അങ്ങോട്ട് പോവില്ല മിത്രത്തിനെ ഇങ്ങോട്ട് വരാൻ വിളിക്കും ശത്രുവിന്റെ അടുത്തേക്ക് പോവാൻ മനസ്സിനൊരു ഭഗവാൻ പറയുന്നു ശത്രുവിനോടും മിത്രത്തിനോടും ഒരേപോലെ ആവണം അത് സാധ്യമല്ല അത് ആണോ അത് അങ്ങനെ ആക്കി തീർക്കണം നമ്മള് ആ ശത്രുവിനോടും മിത്രത്തിനോടും ഒരേപോലെ ആവണമെങ്കിൽല്ലോ നമ്മുടെ കഴിഞ്ഞ അനുഭവങ്ങളെ നമ്മള് മറക്കണം നമ്മൾ പുതിയ അളയാ എന്ത് പറയുന്നു അസുഖം തന്നെയല്ലേ അത്ഭുതമായിരിക്കും പറ്റിയ എന്നുള്ളത് അങ്ങനെ മനുഷ്യ മനസ്സിന് ഉയരാനൊക്കെ സാധിക്കും പക്ഷെ നമ്മൾ അതൊന്നും ഉണ്ടോ നിങ്ങൾ ആ ശത്രുതയൊക്കെ മറന്നിട്ട് പോയി കയ്യൊക്കെ കൊടുത്തിട്ട് എന്ത് പറയണോ ഒന്നും അറിയാത്ത പോലെ സംഭവിക്കാത്ത പോലെ കണ്ട് പെരുമാറിയാലോ ഹേ പറ്റില്ലേ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു അഭിനയിച്ചൂടെ ഉണ്ടോ ഇല്ലയോ കഴിവുണ്ടോ ഈ പറയുന്നതൊക്കെ ചെയ്യാൻ പറ്റുന്നതാണോ നമ്മൾ അതൊക്കെ അങ്ങോട്ട് മാറ്റി വച്ചിട്ട് ആ എന്തൊക്കെയാ വിശേഷം നമ്മളൊന്നും സംഭവിക്കാത്ത ഇതുവരെ അറിയാത്ത പോലെ ഇതുവരെ ഒരു കാര്യം നടക്കാത്ത പോലൊക്കെ ഏ നമ്മളപ്പോഴേക്കും ആ പഴയതൊക്കെ മുഖത്തേക്ക് വന്നു എന്നിട്ട് നമ്മള് കയ്യോ കൊടുക്കുക വേണ്ടി വരണം ഈ രീതിയിൽ മനസ്സ് അപ്പോഴേക്കും നമ്മുടെ മനസ്സിന് ഒരകലത്ത് നമ്മള് ശിക്ഷിച്ചു കഴിഞ്ഞു പ്രയാസാണ് അങ്ങനെ ഭഗവാൻ ഭക്തന്മാരുടെ ലക്ഷണം പറഞ്ഞ് പറയുന്നു ഏത് അനുകൂല പ്രതികൂല പരിതസ്ഥിതിയിലും മനസ്സിന്റെ പ്രസന്നത വിട്ടുപോവാൻ നമ്മൾ അനുവദിക്കും ഇറ്റ് ഈസ് നോട്ട് ദ ഇൻസിഡൻസ് മേക്സ് അവർ മൈൻഡ് സഫർ ഇറ്റ് ഈസ് ദി attitude makes our mind suffer. അതാണ് ദറ്റ്സ് എ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ലെസൺ വി ഔട്ട് ലേൺ അപ്പൊ നമ്മൾ ഒരു ചോദ്യം വരും നമുക്ക് സ്വാഭാവികമാണ് ധർമ്മസ്വ്യൂസ്റ്റ് എന്താണ് എല്ലാം നമ്മളിങ്ങനെ ഒരു എന്തു വന്നാലും ഒരു ആറ്റിറ്റ്യൂഡിൽ എടുത്തു കഴിഞ്ഞാൽ നാച്ചുറലി നമുക്ക് ഈ മനസ്സ് കല്ലുപോലെയാവില്ലേ കാരണം വേദനകളും നിങ്ങൾ ഒരുപോലെ എടുക്കണു ആ ഒരു നിങ്ങളൊരു എന്താണ് പറയുകതിന് ഒരു പരുക്കൻ ക്യാരക്ടറായി മാറില്ലേ അല്ലേ നമ്മളൊരു വേദന ഉള്ളൊരു സംഭവം കാണുമ്പോ നമ്മുടെ മനസ്സിലും വേദന വരണം കഷ്ടം പാവം സന്തോഷം വരുന്ന സമയത്ത് ഹായ് ഗംഭീർ എന്നൊക്കെ തുള്ളിച്ചാടണം ഇത് രണ്ടും നമ്മൾ സന്തോഷം വരുമ്പം ഇതുപറ്റി തുല്യ നിന്ദ സുധീർ മൗനി എന്ന് പറയുമ്പോൾ നമ്മളൊരു എന്താ പറയുക ആണും വെണ്ണും കേട്ടൊരവസ്ഥ ഒരു ഇമ്പോർട്ടന്റ് ഒരു അവസ്ഥ എന്ന് വെച്ചാൽ നമ്മൾ ഒന്നിനും ഒരു ആക്റ്റീവ് അല്ലാത്തൊരവസ്ഥ യൂസ്ലെസ് ആയി മാറില്ലേ അങ്ങനെ ഒരു ക്യാരക്ടറായിട്ട് മാറില്ലേ ഒരു ഒന്നിനോടൊരു ആത്മാർത്ഥത്തില്ല അതെ ഈ പോവില്ലേ വിൽ ബിക്കമേ ഒരു എന്താ പറയുക ഇതിന് ഒരു പറയല്ലേ പരാബ്രഹ്മം പോലെ ഇരിക്കുന്നു ആളെന്ന് വെച്ചാൽ ഒന്നിലൊരു വികാരമില്ലാത്തൊരു ജീവിയായിട്ട് നമ്മൾ മാറില്ലേ ഈ ചോദ്യം സ്വാഭാവികമായിട്ടും നമുക്കുണ്ടാവും അപ്പൊ അങ്ങനെയാവുമ്പോ നമ്മൾ മനസ്സിൽ പറയേണ്ടത് ഇവിടെയാണ് നമ്മൾ സ്പിരിച്വാലിറ്റിയെ മനസ്സിലാക്കേണ്ടത് പലപ്പോഴും ഉണ്ടല്ലോ സ്പിരിച്വാലിറ്റി നമ്മൾ ആളുകൾ തെറ്റിത്തരികയാണ് നമ്മൾ പുറമേക്ക് വി ഷുഡ് ബി വൈബ്രന്റ് ഇൻസൈഡ് വീഡ് ബി ബാലൻസ് സോ ദ വേൾഡ് എക്സ്പെക്ട് ഓൾവേസ് ദ വൈബ്രൻസി പുറമേക്ക് നമ്മൾ ഒന്നിനും കുറവ് വരുത്തരുത് അതുകൊണ്ടാണ് ഭഗവാൻ ഇതിനെ ലീല എന്ന് പറയുന്നത് ലൈഫ് മസ്റ്റ് ബി എ ലീലാണ് ലീല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിയൊക്കെ വേണം പക്ഷെ things should not affect our ഓർമ്മമായിട്ട് നമുക്ക് രണ്ട് തരത്തിലുള്ള അപ്രോച്ച് ഉണ്ടാവണം ഒന്ന് വേൾഡ് ലി രണ്ട് ഗോഡ്ലി എന്ന് പറയും വേൾഡ് ലി അപ്രോച്ച് ഷുഡ് ബി ലൈക്ക് എ വേൾഡ് ലി മാൻ ഗോഡ്ലി അപ്രോച്ച് ഷുഡ് ബി ബാലൻസ് ഇത് രണ്ടും നിങ്ങൾക്ക് കൊണ്ടു നടക്കാൻ സാധിക്കുകയാണെങ്കിൽ യു ആർ ദ റൈറ്റ് സ്പിരിച്വൽ പേഴ്സൺ മനസ്സിലായില്ലേ ഇത് നമുക്ക് പറഞ്ഞു കൊണ്ട് നടക്കാൻ പറ്റിയാക്ടീസ് അപ്പൊ ലോകത്തിൽ നിങ്ങൾ സപ്പോസ് നിങ്ങൾക്കൊരു അഭിനയിക്കാനുള്ളൊരു ചാൻസ് തോന്നും അഭിനയിക്കാനുള്ള ഒരു ചാൻസ് തോന്നുകഴിഞ്ഞാൽ നിങ്ങളോട് പറയാണ് നിങ്ങൾ അഭിനയിക്കണം എന്ന് ആരെ പോലെ അഭിനയിക്കണം രാവണനെ പോലെ അഭിനയിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെ പോലെ അഭിനയിക്കണം രാവണനെ പോലെ അഭിനയിക്കണം രാമനെ പോലെ അഭിനയിക്കുന്നോടാൻ രാമനെപ്പോലെ ശരിക്കും അങ്ങനെ വേണ്ടതായിരുന്നു നമുക്കൊരു പ്രോഗ്രാം ഇടുന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു ചില ക്യാരക്ടേഴ്സിന്റെ ഒക്കെ പേരിടുക നിങ്ങളുടെയൊക്കെ പേരിടുക ടോക്കൺ എടുക്കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യട്ടെ ഞാൻ എത്ര പേര് തയ്യാറാണ് ഒരു നാണൊന്നും ഉണ്ടോ വന്നിരുന്നത് വളരെ വളരെ വളരെ റിസർവഡ് ആയിരിക്കണം നിങ്ങൾ അപ്പൊ കുരങ്ങിനെ പോലെ ആവണം എന്നാണ് കുരങ്ങിനെ പോലെ അഭിനയിക്കുക ഒരു സിംഹത്തെ പോലെ ബിഹേവ് ചെയ്യണമെന്നാണ് സിംഹത്തെ അത് വേണ്ട സിംഹം പുലിയൊക്കെ വിടും നമ്മുടെ പുരാണി ഉണ്ടല്ലോ പൂതനെ പോലെ ആവണമെന്ന് അങ്ങനെയല്ലത് നമ്മൾ നടക്കെടുക്കും ആരുടെ പേരാണ് അവര് വരും എന്നിട്ടത് അഭിനയിക്കുക അപ്പൊ അങ്ങനെയൊരു മനസ്സ് എന്താ വേഷം കിട്ടുന്ന വെച്ചാൽ അത് അഭിനയിക്കുക അപ്പൊ നമ്മളത് അഭിനയിക്കുമ്പോൾ ശരിക്കും ഉണ്ടല്ലോ നിങ്ങൾക്ക് സിൻസിയർ ആവാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ നന്നായി അഭിനയിക്കും നിങ്ങൾ നിങ്ങളാവരുത് ആ ഒരു നിമിഷത്തേക്ക് നിങ്ങൾ ആരാവണം ഏത് വേഷാണോ ആ ആവുന്നത് അതായിത്തീരണം അപ്പം നമ്മൾ നോക്കൂ നിങ്ങൾ വലിയ ക്യാരക്ടേഴ്സ് ആയിരിക്കണം മോഹൻലാലും മമ്മൂട്ടിയെ പിടിച്ചൊക്കെ ഈ യാചകന്മാരുടെ റോൾ അഭിനയിപ്പിക്കില്ലേ അവരെങ്ങാനാ സമയത്ത് ഞാൻ മോഹൻലാലാണ് മമ്മൂട്ടിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒരിക്കലും അഭിനയിക്കാൻ പറ്റില്ല അവരാ നിമിഷം കുറച്ചു നേരത്തേക്ക് ആരേ തീരണം ആ കഥാപാത്രമായിട്ട് തീരണം ഇനല്ലേ അങ്ങനെ ഒരു നമ്മുടെ കുറച്ചു നേരത്തെ ഇൻഡിവിജ്വൽ ഐഡന്റിറ്റി മറക്കുക മറ്റൊരു ഐഡന്റിറ്റിയിലേക്ക് അതേസമയം നമ്മൾ ആ അഭിനയി കഴിയുമ്പോഴേക്കും നമ്മുടെ ഐഡന്റിറ്റിയിലേക്ക് ഇതിനെയാണ് കൂറുമോ കാനീവ എന്നൊക്കെ പറയുക അപ്പം നമുക്ക് രണ്ടു വ്യക്തിത്വവും ഒരുപോലെ കൊണ്ടു നടക്കാൻ സാധിക്കുക ഇത് നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലോകത്തിൽ ലോകത്തിൽപ്പെട്ട ആളാണ് എന്നാൽ നമ്മൾ ഭഗവാനിൽ അർപ്പിത മനസ്സുള്ളവരുമാണ് ഇതാണ് ഭഗവാൻ ആവശ്യപ്പെടുന്നത് ഭഗവാൻ പറയുന്നത് നിങ്ങൾ എന്നിലേക്ക് തിരിയും തോറും ഒന്നിനും കൊള്ളാത്തവരായിത്തീരും എന്നല്ല പറയുന്നത് നിങ്ങളെല്ലാറ്റിനും നിങ്ങൾ ഏറ്റവും നല്ലൊരു സംസാരിയുമായി തീരും അതേസമയം നിങ്ങളൊരു ഒരു ഭക്തനുമായി തീരും ലോകത്തിന്റെ മുന്നിൽ നോക്കുമ്പോ എന്താത്മീയതയവര് പറയണത് അവർ നെഞ്ചടിച്ച് കരയണോ കട്ടിലേ വീട്ടുകാരെ പോയിട്ട് കരച്ചിലൊന്നും കുറവ് വരുത്തരുത് മറ്റുള്ളവർ കരയുന്നതിനേക്കാളും ഏ ഒന്നുകൂടി ശക്തിയിൽ കരയണം ആ എന്നൊക്കെ പറയട്ടങ്ങനെ കരയണം അപ്പൊ അവര് എന്തൊരു കഷ്ടം കണ്ടില്ല എന്ത് ഗീത പഠിച്ചിട്ടെന്താ കാര്യം അല്ലെങ്കിൽ എന്താ പറയാ ഓ ഗീതയൊക്കെ പഠിച്ചിട്ട് കണ്ണുന്നൊരു തുള്ളി കണ്ണുനീര് പോലും അതിന് കല്ലുപോലിരിക്കണോ അവരുടെ മനസ്സ് അങ്ങനെ നമ്മൾക്ക് നല്ലവണ്ണം കരയണം പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ പറയണം ഭഗവാനെ ഇതൊക്കെ ലീലയാണ് ഇത് ആകമാപ്പായിനോ എന്നിട്ട അത് കഴിഞ്ഞ കടന്നു തുടങ്ങാൻ ഈ തമിഴ്നാട്ടിലൊക്കെ ഉണ്ടല്ലോ ഞാൻ ഈ പറയുന്നൊന്നും കളവല്ല മരിച്ചു കഴിഞ്ഞാല് കരയാനാളെ വിളിക്കില്ലേ ഉണ്ടോ ഇല്ലയോ അവർക്ക് വല്ല കുറവുണ്ടോ കരച്ചിലിന് എന്തൊക്കെ താലിട്ടൊക്കെ പോയല്ലോ ഇനി ആരാ വരുന്നത് ഒരു കുറവുമില്ല കരയാണ് ഇപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞു ഇതിനെ പറയാ ക്രൈസിസ് മാനേജ്മെന്റ് എന്നാണ് ഈ ക്രൈസിസ് വന്ന മാനേജ്മെന്റ് ചെയ്യാൻ ആളുകളുണ്ട് ഇവന്റ് മാനേജ്മെന്റ് എന്നൊക്കെ പറയുമ്പണ്ടല്ലോ മക്കൾ അമേരിക്കയിൽ നിന്ന് വിളിച്ചു പറഞ്ഞാൽ അച്ഛന്റെ മരണം കഴിഞ്ഞു നിങ്ങളൊന്ന് ചെയ്യണമെന്ന് അപ്പൊ അവർ ക്രൈസിസ് മാനേജ്മെന്റ് ആൾക്കാർ വരും പത്തിരുപത് സ്ത്രീകളെ വീട്ടിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്യും അവരുടെ ജോലി എന്താ വച്ചാൽ പോയല്ലോ ഇതുപോലൊരു മനുഷ്യൻ ലോകത്തിലുണ്ടായിരുന്നില്ലല്ലോ ഇങ്ങനെ ഒരു മനുഷ്യൻ ഇനി ഇനി ഞങ്ങൾ ജീവിച്ചിരുന്നിട്ട് കാര്യം ഒന്നിനൊരു കുറവില്ല ആൾക്കാർ ബന്ധുക്കൾ വിചാരിക്കും ഈശ്വര എന്തെവിടുന്ന വന്നിരിക്കണേ ഈ വർഗം എന്നൊക്കെ അത് കഴിഞ്ഞാൽ ഒക്കെ ക്ലിയർ ക്ലിയറാണ് എന്ന് പറഞ്ഞാൽ ബോഡി എടുക്കാൻ പോലും ആരും വേണ്ട അപ്പോഴേക്കും സ്പ്രീകളൊക്കെ മാറ്റി അതിൻ്റെ ഇടയ്ക്ക് ചായ കാപ്പി ഇതൊക്കെ കൊടുക്കും കുറച്ച് ആളുകൾ വന്നു അവർ ബോഡിയൊക്കെ എടുത്തു കുളിപ്പിച്ചു അതിൻ്റെ ഇടയ്ക്ക് കൊണ്ടുപോവാണ് ശ്മശാനത്തിലേക്ക് പത്തും നാൽപ്പതും കാറ് കാറൊക്കെ വരും നല്ലവണ്ണം പൂക്കളൊക്കെ അലങ്കരിച്ച് ബോഡി കൊണ്ടുപോവാണ് അതിനിടയ്ക്ക് കരച്ചിലും ബഹളമൊക്കെ ആയിട്ട് അങ്ങനെ പോവും അങ്ങനെ ഗംഭീരമായിട്ടായുള്ള ബോഡി അവിടെ വയ്ക്കും ഇതിനെയാണ് അവർ പറയുന്നത് ക്രൈസിസ് മാനേജ്മെന്റ് ആൾക്കാരുണ്ട് പൈസങ്ങൾ കൊടുത്താൽ മതി കരയാൻ പോലും ആളെ സംഘടിപ്പിക്കേണ്ട പ്രശ്നമില്ല അവര് വരും എത്ര മണിക്കൂർ വയ്ക്കും അഞ്ചര മുതൽ ആറര വരെ കരഞ്ഞോളൂ കരയുന്നവർ കരയില്ല ആറര വരെ കരയുന്നതിന് ഒരു മണിക്കൂർ കരയുന്നതിന് ചാർജ് ചെയ്യും അവർ കൊടുത്തു കഴിഞ്ഞാൽ അവർ കരഞ്ഞേ അവർപ്പിക്കുള്ളൂ വല കുറവുണ്ടോ ഇങ്ങനെ നമുക്ക് ലോകത്തിൽ കാണാൻ സാധിക്കുംക്കോ ഞാൻ പറയുന്നത് എക്സാഗറേഷനൊന്നല്ല ഇപ്പോ വന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ട്രൂത്താണതൊക്കെ ഒരു പക്ഷേ നമുക്ക് കേരളീയർക്ക് അത്ര കൂടെ മനസ്സിലായിട്ടുണ്ടാവില്ലത് നമ്മൾ മറ്റുള്ള വിദേശ രാജ്യങ്ങളിലൊക്കെ ഇതൊക്കെ വന്നു കഴിഞ്ഞു പോയി ക്രിസ്ത്യൻസിന്റെ ഇടയിൽ വന്നു കഴിഞ്ഞു നമ്മുടെ ഹിന്ദുക്കളുടെ ഇടയിൽ വന്നിട്ടില്ലേ അത് മാത്രം ഓൾമോസ്റ്റ് ഇതൊക്കെ സംസ്കാരങ്ങളൊക്കെ ഇറ്റ്സ് കമ്മിംഗ് നൗ അപ്പോ നമ്മൾ ലോകത്തിൽ ലൗകികനാവണം പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ പരമഭക്തനായിത്തീരുന്ന ആരം അങ്ങനെയുള്ള പരമഭക്തൻ എല്ലാം ആക്സെപ്റ്റ് ചെയ്യാനുള്ള പ്രസന്നതയുള്ള ഒരു ആണ് അപ്പം കൺഫ്യൂഷനുണ്ടോ ഉണ്ടോ ഒരു കൺഫ്യൂഷനും ഇല്ല ഇത് രണ്ടും മിക്സ് ചെയ്യരുത് നിങ്ങൾ എന്ത് ലൗകീകതയും ആത്മീയതയും ആത്മീയത എന്ന് പറയുന്നത് ലൗകീകതയ്ക്കെതിരല്ല ലൗകികതയിൽ നിന്നും പിയാടുന്നതാണ് ലൗകികതയിലേക്ക് ഇറങ്ങാനും അവർക്ക് സാധിക്കണം ആത്മീയതയിലേക്ക് അതിനാണ് കൂർമവും കാനേ വസർവശ എന്ന് പറഞ്ഞത് പക്ഷേ സാധാരണ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഹി ൻ കം ഡൌൺ ബട്ട് ഹി കനോട്ട് ഗെറ്റ് അപ്പ് സാധാരണ ഓർഡിനറി മോട്ടൽ ഹി ഓൾവേസ് ഹി ൻ ഫാൾ ബട്ട് ഹി കനോട്ട് റൈസ് ബട്ട് എ ഡിവോട്ട് ഈ കാൻ നോട്ട് ഓൺലി ഫാൾ ഹി ക്യാൻ ഹിംസെൽഫ് ഉദ്ധരീദ് ആത്മന ആത്മാന ഹി ക്യാൻ ലിഡ് ഹിംസെൽഫ് മനസ്സിലാവുണ്ട് നിങ്ങൾക്ക് ഇതാണ് നമുക്ക് ആത്മീയതയിലൂടെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതെന്ന് ഭഗവാൻ കൺക്ലൂഡ് ചെയ്തു എന്താ കൺക്ലൂഡ് ചെയ്യുന്നത് എങ്കിലും അർജുന എന്റെ ഭക്തന്മാരിൽ വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് അവസാനം ഭഗവാൻ പറയുന്നത് എനിക്ക് പ്രിയപ്പെട്ട ഭക്തന്മാരെ ഏത് ധർമ്മ്യാമൃതമിതം യഥോക്തം പരിവാസദേ തുല്യനിന്ദാ സുധർമിനി പറഞ്ഞു സന്തുഷ്ടോ ഏന ഭക്തിമാന്മെ പ്രിയോന്നര ഭഗവാന്റെ ഒരു വാക്കുകളും നോക്കും തുല്യ നിന്ദാസ്തുതിർ മൗനി എന്ന് പറഞ്ഞാൽ നിന്ദയും സ്തുതിയൊക്കെ ആ പ്രശംസിച്ചാലും വികാരങ്ങളൊക്കെ നമ്മൾ പുറകോട്ട് കാണിക്കണം പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളൊരാൾ ഇൻസൾട്ട് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ആ സമയത്ത് നമ്മൾ പുറമേക്കൊക്കെ ഇങ്ങനെ കാണിച്ചാലും ഉള്ളിന്റെ ഉള്ളിൽ പറയണം ഇതൊന്നും ഞാൻ സ്വീകരിക്കുന്നില്ല സ്വീകരിക്കുന്നില്ല എന്നെ കുറിച്ചല്ല പറയുന്നത് നോട്ട് മീ അങ്ങനെ നമ്മൾ പറഞ്ഞ് പരിശീലിച്ചാലുണ്ടല്ലോ ഇതൊന്നും നമ്മളെ ആദ്യ ഭഗവാൻ അങ്ങ് കൂടുതലപ്പൊ എന്ത് ഇൻസൾട്ട് ചെയ്യും ഇതൊന്നും എനിക്കൊരു പ്രശ്നമല്ല ആ രീതിയിലൊക്കെ നമ്മളതിനെ നിസ്സാരമായി വാക്കുകളിൽ നിന്നും വേൾഡിൽ നിന്നും വേഡിലേക്ക് വരണം വേൾഡിൽ നിന്നും ഈ വേഡുകളെയൊക്കെ നമുക്ക് പ്രകടിപ്പിക്കാൻ സഹായിക്കുന്ന ഭഗവാനിലേക്ക് ഭഗവാന്റെ പേരാണ് നാദബ്രഹ്മം എന്റെ പേര് Nādha brahma. Nādha means sound. All the sound can experience when there is brahma in you. Bhagavan and Chaitanyam you have a Shabdha you can experience it. But Shabdha if you are a Shabdha you can see what you are saying. Shabdha brahma. Shabdha brahma amrata stay. Are you going to say that? What are you going to say? Hmm? നാരായണീയത്തിൽ ഭട്ടതിരിപ്പാട് പറയും ഭഗവാനെ വർണ്ണിക്കുന്ന വാക്കുകളാണ് അപ്പൊ അങ്ങനെയുള്ള ഭഗവാനെ നമ്മൾ വിട്ടുപോവാതെ ഇരിക്കണെങ്കിൽ ലോകത്തിൽ നിന്നും ശബ്ദത്തിലേക്കും ശബ്ദത്തിൽ നിന്ന് ഈ ശബ്ദങ്ങളൊക്കെ എനിക്ക് കേൾക്കാൻ ശക്തി തരുന്ന ഭഗവാനെനിക്ക് ശ്രദ്ധ തിരിക്കാൻ നമുക്ക് എങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുവരാൻ സാധിക്കും അപ്പൊ നമ്മുടെ മനസ്സിന് അതിനേക്ക് ഉൾക്കൊള്ളാനുള്ളൊരു കഴിവ് വരും എന്നിട്ട് പറയാം അനികേത എങ്ങനെയുള്ളവരാവണം അനികേതൻ അനികേതം എന്ന് പറഞ്ഞാൽ നികേതം എന്ന് പറഞ്ഞാൽ വീടുള്ളവൻ നികേതം എന്ന് പറഞ്ഞാൽ വീട് അനികേതം എന്ന് പറഞ്ഞാൽ വീടില്ലാത്തവര് ഭഗവാന്റെ ഭക്തന്മാർക്കൊന്നും എന്തുണ്ടാവരുത് ഈ ജന്മം നിങ്ങൾക്കൊന്നും ഭഗവാന്റെ ഭാഷയിൽ നികേതം എന്ന് പറഞ്ഞാൽ വീടുള്ളവൻ അനികേതം എന്ന് പറഞ്ഞാൽ അപ്പൊ വീടുള്ളവരൊന്നും ആരല്ല അടുത്ത ജന്മം നോക്കി സ്ഥിരമതി അതാണോ അർത്ഥം അതാണോ അർത്ഥം അല്ല അപ്പൊ എന്താ അർത്ഥം ആ നിികേതം ആ നികേതം എന്ന് പറഞ്ഞാൽ അർത്ഥം അനികേതം എന്നുള്ള രണ്ടർത്ഥമുണ്ട് ഒന്ന് വീടില്ലാത്തർത്ഥം ഒന്ന് ഈ വീട് എന്റതാണെന്ന് വെക്കുന്നവരൊക്കെയാണ് നികേതന്മാര് ഇത് അനികേതനായിരിക്കണം ഈ വീടാരുടെയാണ് ഭഗവാൻ ഞാൻ ഇവിടുത്തെ ഒരു ആരാണ് വാടകക്കാരനാണ് അപ്പൊ ഈ വീട് എന്തിനു വേണ്ടി ഉപയോഗിക്കണം ഭഗവാൻ എനിക്ക് ഭജനത്തിന് വേണ്ടി തന്നിരിക്കുക എന്നാണ് ഭഗവത് സ്മരണക്ക് അങ്ങനെ നമ്മളതിനെ കാണാൻ ശ്രമിക്കണം സോ ഹൗ ഷുഡ് ബിക്കം എ പ്ലേസ് ഫോർ റിമെംബറിംഗ് ദാഡ് എന്ന് നമ്മളുണ്ടല്ലോ വീട്ടില് അതിനെ നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ ആ വീട് കൊണ്ടുള്ള ആവശ്യം എന്ത് തതയ്ക്കും തതയ്ക്കും ആരാ പറയ ശങ്കരാചാര്യ സ്വാമികള് ഗുരൂണ്ണലക്നി മനസ്ചേന്ന ലക്നം ഗുരോ ഗുരോർ പാദത്തിൽ മനസ്സ് വെച്ചിട്ടില്ലെങ്കിൽ ഗുരോരങ്കിമൂലെ മനസ്ചേന്ന ലക്നം തതയ്ക്കും തതക്കും തതക്കും തതയ്ക്കും എന്നാണ് ആ പാദത്തിൽ അല്ലെങ്കിൽ ഭഗവാന്റെ പാദത്തിൽ മനസ്സ് വെക്കാൻ നമ്മുടെ വീട് നമുക്ക് ഉപയോഗിക്കാൻ സാധിച്ചില്ലെങ്കിൽ ആ വീടുകൊണ്ട് എന്താ പറയുക എന്താ പറയുക അത് സത്സംഗ വീടായി മാറണം നമ്മുടെ വീടുകളിലൊക്കെ അങ്ങനെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചുറ്റുള്ള ആളുകളെയൊക്കെ വിളിച്ചുകൊണ്ടുവന്ന് കുറച്ച് ഭജനകളൊക്കെ നടത്തും അവിടെ ഒരു വൈബ്രേഷൻ വരും ആ വൈബ്രേഷൻ നമുക്ക് മെഡിറ്റേഷനൊക്കെ വളരെ സഹായമായി തീരും ഒരു പോസിറ്റീവ് എനർജി അവിടെ ഡെവലപ്പ് ചെയ്യുമ്പോഴല്ലോ ഈസിലി വി ക്യാൻ കോൺസെൻട്രേറ്റ് ചില സ്ഥലങ്ങളിൽ പോയാൽ നിങ്ങൾ പെട്ടെന്ന് ഇരുന്നാൽ തന്നെ നിങ്ങൾക്ക് മനസ്സ് കോൺസെൻട്രേറ്റഡാവും ചിലടത്ത് പോയാൽ നമ്മുടെ മനസ്സിനേക്ക് ഉറക്കത്തിലേക്ക് വരും ആ ഉറക്കത്തിലേക്ക് വരാനുള്ള ഒരു കാരണച്ചാൽ അവിടുത്തെ എനർജി നമ്മളെ പുള്ളി ചിലയിടത്ത് നമ്മളെ എനർജി നമ്മളെ ഉയർത്തും അപ്പൊ നമുക്ക് തോന്നും ഓ ഇവിടെ ഉഷാറാണെന്നുള്ളത് ഇതുപോലെ നമ്മുടെ മനസ്സിനെ നമുക്ക് ആക്കിത്തീർക്കാൻ നമ്മുടെ അന്തരീക്ഷം നമ്മൾ എന്താക്കണം വളരെ പോസിറ്റീവ് എനർജി ഉള്ളതാക്കി തീർക്കണം എന്ന് പറയുകയാണ് അപ്രകാരം പറഞ്ഞിട്ട് പറഞ്ഞു എത്തുധർമ്മ്യാമൃതമിതം യഥോക്തം പര്യുപാസതി ശ്രദ്ധദാനമത്പരമാ ഭക്താസ്തേ ദൈവമേ പ്രിയ എങ്കിലും എനിക്ക് പരമപ്രിയരായിട്ടുള്ള ഭക്തന്മാരാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭക്താത്തെ അതീവപ്രിയ മറ്റവരൊക്കെ പ്രിയന്മാരായിട്ടുള്ളൂ ഇയാളെ അതീവപ്രിയ ആരാണത് മത് പരമ എന്നെ പരമമായി കണ്ട് ശ്രദ്ധയോടുകൂടി യഥാ ഉക്തം പര്യുപാസതേ വേണ്ട വിധത്തിൽ എന്നെ ഉപാസിക്കുന്നവര് ഏത് ധർമ്മ്യാമൃത മിതം ഈ പറയുന്നതൊക്കെ ഞാനിപ്പോ പറഞ്ഞ അമൃതപരമായ വാക്കുകളുണ്ടല്ലോ ആരാണോ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നത് അവരെ എനിക്ക് വളരെ ഇഷ്ടമാണ് എന്താ അങ്ങനെ പറയുന്നത് ഭഗവാനെ മറ്റവരെയൊക്കെ ഓർഡിനറി ഇഷ്ടേ ഇവരെ വളരെ ഇഷ്ടമാണ് അതെന്താണത് മനസ്സിലായില്ല സാധാരണ ഈ തുല്യനിന്ദ സുതിർമൌനിന്നൊക്കെ പറയുന്നവര് എത്രയോ ഉയർന്നവരല്ലേ പക്ഷേ ഭഗവാൻ പറയുന്നു അവരൊക്കെ എനിക്ക് പ്രിയന്മാരാണെന്ന് പക്ഷെ ആരാണോ എന്റെ ഈ എന്താണ് ധർമ്മിയാമൃതമായ വാക്കുകൾ യഥാവുക്തം ജീവിതത്തിൽ അഭ്യസിച്ച് ശ്രദ്ധയോടുകൂടിയിട്ട് ദിവസം തോറും പ്രയത്നിക്കുന്നത് അവരാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടവരെന്ന് പറയുമ്പോൾ എന്താ ഭഗവാൻ അങ്ങനെ പറയാൻ കാരണം മറ്റുള്ളവരെത്തിക്കഴിഞ്ഞു ഇവര് അതെന്താ അങ്ങനെ മനസ്സിലായില്ലേ നിങ്ങക്ക് ഭഗവാൻ വെൻ ഗി സേ സ്ർ എസ്റ്റാബ്ലിഷ് ഇൻ ദ ബാലൻസ്ഡ് മൈൻഡ് ആർ close to me they are my devotees but the wanderous tryu he is more closer to me he is i don't i consider him more grateful allega like consider him more sincere devotee allega sincere nadathalla sincere enna app endu iyalukku ittra pradhanyam kodukan kaaranam hmm Eh? See, you understood the difference. One person is almost established. The other person is striving. He is working for that. And the person who works, Bhagavan says, he is more closer to me. You can tell me what is going on. You can tell me what is going on. ഒരാള് ടെൻതിൽ പഠിക്കണം ഒരാള് ഫിഫ്തിൽ പഠിക്കണം ഒരാള് ടെൻത്തിലും ഫിഫ്തിലും ഈ ടെൻതിൽ പഠിക്കുന്ന കുട്ടി വെക്കേഷൻ ആയപ്പോൾ പറയുകയാണെങ്കിൽ അമ്മയെ ഞാൻ തറവാട്ടിൽ പോകണു മുത്തശിയുടെ അടുത്ത് പോകണു അല്ലെങ്കിൽ മുത്തച്ഛൻ്റെ അടുത്ത് പോണോ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നവനും പറയുന്നു ഞാനും പോകണമെന്ന് അപ്പൊ നിങ്ങളുടെ ബ്രദറോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സ് ആരെങ്കിലും തറവാട്ടിൽ നിന്ന് വന്നിട്ട് പറഞ്ഞു ഞാൻ കൊണ്ടുപോയിക്കോളാം നിങ്ങൾ ആരെയാ പറഞ്ഞയക്ക അതെന്താ നിങ്ങൾ രണ്ടാമത്താളെ പറഞ്ഞേക്കാത്തത് രണ്ടുപേരും നിങ്ങക്ക് പ്രിയരല്ലേ അല്ല ആരെയാ നിങ്ങൾ പറഞ്ഞേക്കൂത്ത കുട്ടിയെ പറഞ്ഞേക്ക എന്താ രണ്ടാമത്തേനെ പറഞ്ഞേക്കാത്തത് തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം രണ്ടാമത്തവന് നിങ്ങളുടെ സഹായങ്ങൾ ആവശ്യമുണ്ട് എന്ന് അവൻ നിങ്ങളില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും എന്നുള്ളത് അണോല്ലയോ മൂത്തവൻ കുറേയൊക്കെ കാര്യപ്രാപ്തിയുള്ളത് ഇതുപോലെ ഭഗവാൻ പറയുന്നു രണ്ടാമത്തെ അവന്റെ കാര്യത്തിൽ എനിക്ക് കൂടുതൽ പ്രിയമാണെന്ന് കാരണം അവൻ മെച്ചുവേർഡ് ആയിട്ടില്ല അവൻ എന്റെ ഈ നീഡുമായി സപ്പോർട്ട് അതുകൊണ്ടായി കൺസിഡർ ഹിം ബോർ ക്ലോസ് മനസ്സിലായിട്ടുണ്ടല്ലോ അപ്പൊ എന്നും നമ്മൾ അങ്ങനെയാവാൻ പാടുവോ ആരായി മാറണം ഇമ്മച്ചുവേർഡായി നിൽക്കാൻ പാടുവോ അല്ലെ ശരിയല്ലേ ഇതൊക്കെയാണ് ഭഗവാന്റെ പറയുന്ന വാക്കുകളുണ്ടല്ലോ എത്ര കൺസിഡറിംഗ് ആണ് നോക്കൂ കെയറിംഗ് ആണ് നോക്കൂ അങ്ങനെ പറഞ്ഞ് ഉപസംബരിപ്പിക്കും ഭഗവാനുവാചം ശരീരം ക്ഷേത്രമധീയതയോ വേത്തിതാഹു ക്ഷേത്രജ്ഞേത്രം ചാപിമാം വിധിക്ഷേത്ര ക്ഷേത്രക്ഷേത്രജ്ഞയോർജ്ഞാനതം മമ തക്ഷേത്രം യാദൃ യീ യദ സജയോ യത് പ്രഭാവശ േ ശൃണോ ഋഷിദാഗീത ഛന്ദോർവിതൈ പൃഥകസസൂത്രപദൈശു മിർവിശ്ചൈ മഹാഭൂതാരോ ബുദ്ധിരത്തമേവ ഇന്ദ്രിതശൈകം ചേന്ദ്രിഗോചര ഇച്ചാ ദ്വേഷസുഖം ദുഃഖം സങ്കാദേതാ ഏതൽക്ഷേത്രം സമാസേന സവിഹൃത അനിമതം വി അസാക്ഷാന്തിരാർജവോപാസനം ശൌചം സ്ഥൈര്യമാത്മവിനിഗ്രഹ ഇന്ദ്രിയാർഷു വൈരാഗ്യം जन्ममत्यो ജന്മമൃത്യോജരാവധി ദുഃഖദോഷാണുദർശനം അസക്തി അന പിഷ പുത്രദാരഗൃഹദിഷ നി സമചിത്ത ിഷ്ടോപത്തിഷ മയി ചാനോനചാരണീ വിശസേവിത്ത അരതിർജന സംസദീ അധ്യാത്മജ്ഞാനനി സത്വ്ഞാർത്ഥദർശനം ഏതജ്ഞാന പ്രോക്ത അജ്ഞാനം എദോണ ജേയം യൽ പ്രവക്ഷ്യമേ യാമൃതമ് അനദിമത് പരം ബ്രഹ്മ സത്സദു്യത്തെ പാണിപാദം തത്വോക്ഷിശി മുഖംതിമൽോകൃത്യ തിഷതി േന്ദ്രിഗുണാവാസം സർന്ദ്രിവിജിതൈവർഗുണം ഗുണഗുണഭോക്തൃച്ചരശ്ചൂധാന അചരം ചരമേവച്ച സൂക്ഷ്മേയ ദൂരസ്ഥം ചാന്ക അവിഭക്തോധേഷു വിഭമസ്തിരം ബോധഭേയ ഗ്രസിഷ്ണോ പ്രബവിഷ്ണുജ ജ്യോതിഷാമപതിമസ പരമു ജേയ ജാനഗമ്യ ഹൃദയ വിഷിദീക്ഷേത്രം തേയം ചോക് സമാസദ മൽഭവിയ മദ്ഭാവോയോപയ പ്രഗതി പുരുഷംശ വിദ്യോ അപ്പ വികാരാശ്ചുശ വിധി പ്രകൃതിസംഭവാൻ കാര്യകർത്തൃത്തെ ഹേതു പ്രകൃതിരുച്യത്തെ പുരുഷസുഖദുഃഖാ ഭോക്തൃ ഹേതുരുച്യത പുരുഷ പ്രകൃതി സ്ഥോപി മുക്തത്തെ പ്രകൃതിജാൻ ഗുണാൻ ുണസംഗോ സദസദ്യോനിജന്മസൂ ഉപദൃഷ്ടാനുമന് കരാ പരമാത്മേരിചാക്േഹേസ്ൻപുരുഷ പരാ േത്തി പുരുഷ പ്രകൃതി ഗുണൈസഹി നൂയോജത്മനി പശ്യത്തിചിത്മാനമാത്മന അന്യേ സാഖ്യേന യോഗേനക അന്യേ േവമജനന്ദ സ്പേപ്യ ഉപാസ തേപി ചാരിതരന്വ മൃത് ശ്രുതിപരാണ യാവൽ സഞ്ജാതേത് സത് സ്ഥമം ക്ഷേത്രക്ഷേത്രക്ക സംയോ തദ്വിദ്യദർശവാ സമം സു ബോധേഷു തിഷ്ടം പരമേശ്വരം വിനശൽ സ വിനശന്ത പശ്യതി സ പശ്യതി സമം പശ്യൻ ഹിത്ര സമവസ്തിരനസ്ത്യാത്മനത്മാനം അധോയാതി പരാതി പ്രകൃത്യ ജകർമാണി മിയമാണി പശ്യതി തനം നരം സ പശ്യതിോധപ്രദഗ്ഭാവം േസ്തമനുപ്യതി തരം ബ്രഹ്മ സമ്പേ തനദിവാൽ നിർഗുണവാൽ പരമാത്മായവ്യയീരസ്ഥോഭിഗന്ധേയ സോദീ നിപ്യത യഗദം സൗഷ്മോപലിപ്യതാവസ്ഥോ തോപലിപ്യ ശയത്യേക കൃത് ലോകം രവീക്ഷേത്രം ക്ഷേത്രീ തശയതി ഭാരത ക്ഷേത്രക്ഷേത്രജ്ഞയോരേം അന്തരാനക്ഷുഷാ കോധ പ്രകൃതിമോക്ഷം ചേന്തി പരമ്പീമത്ഗീത ഉപനിഷസ്സു विद्यायाम् യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാത്രക്ഷേത്രജ്ഞ 13th chapter, there are some books which starts with the question of Arjuna. Arjuna അർജുനവാദ But actually that question is not there in the original text. In original Bhagavad Gita, that which comes in Mahabharata, it is not there. But there are some great Mahatmas, they took this, they put this question to make the people easily to get understand. In the first place, it is not there. Arjuna is a part of the Chodhyam. Arjuna is a part of the Chodhyam. എന്താണ് പ്രകൃതി എന്താണ് പുരുഷൻ അതായത് പന്ത്രണ്ടാം അധ്യായത്തിൽ ഭഗവാൻ ഭക്തിയെ കുറിച്ച് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്തിട്ട് ഇമ്മീഡിയറ്റ്ലി ക്ഷേത്രം ക്ഷേത്രം എന്ന് പറയുന്നതിനൊരു റീസൺ കാണുന്നില്ല സോ സം മഹാത്മാ ഫൈൻ വെരി ഡിഫിക്കൽ വൈ കൃഷ്ണനെ സ്റ്റാർട്ട് ദിസ് ടോപ്പിക് ഇമ്മീഡിയറ്റ്ലി വിത്തൌട്ട് അർജുൻ ആസ്കിംഗ് എനി ക്വസ്റ്റ്യൻ സോ ദൈൻ സം ലാക്കിംഗ് ഈസ് മേ ബി അവരുടെ ഉള്ളിൽ തോന്നിയതായിരിക്കാം സോ ബെറ്റർ ഒരു അർജുന വാജ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുകയാണ് എന്താ കൃഷ്ണ നല്ലത് കാപ്പിയാണോ ചായയാണോ നല്ലത് എന്ന് അപ്പം ഭഗവാൻ പറയല്ലോ കാപ്പിയാണ് ചായയല്ല നല്ലതെന്ന് പറയല്ലോ സോ എന്തെങ്കിലും ചോദ്യം ഒരിക്കലും ഒരു ഉത്തരമില്ല പക്ഷെ ഇവിടെ ഒറിജിനൽ ടെക്സ്റ്റില് അതിലെന്തില്ല ഈ ചോദ്യമില്ല അതുകൊണ്ടായിരിക്കാം പല ഭൂരിപക്ഷം പുസ്തകങ്ങളിലും എന്തില്ല ചോദ്യങ്ങളില്ലല്ലോ ഏ ചില ബുക്കിലുണ്ട് ഓക്കെ ശ്രീ ഭഗവാനുവാചാം രീരം കൗന്യ ക്ഷേത്രമിധീയത എതോ വേത്തി ക്ഷേത്രജ്ഞേത്രജാവിമാ വിധി ക്ഷേത്രേഷു ഭാരത ക്ഷേത്രക്ഷേത്രജ്ഞയോർജ്ഞാനം എത്താനം മതം മമാ ഈ രണ്ട് ശ്ലോകങ്ങൾ നമ്മൾ ബൈഹാർട്ട് പിടിച്ചോണം ഇതം ശരീരം കൗന്ദേയ ഹേ കൗന്തേയ കുന്തി കുന്തിക പുത്ര ഈ ശരീരത്തെയാണ് ക്ഷേത്രം ഇതി അഭിതീയത എന്ന് വിളിക്കുന്നത് ഭഗവാനെ സംബന്ധിച്ച് ക്ഷേത്രം എന്ന് വിളിക്കുന്നത് ശരീരത്തെയാണ് ഏതിനെയല്ല അമ്പലങ്ങളെയല്ല നമ്മള് സാധാരണ അമ്പലങ്ങളെയാണ് ക്ഷേത്രം എന്ന് പറയുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ ശരീരത്തെയാണ് എന്താ വിളിക്കാൻ കാരണം നമുക്ക് നോക്കാം ഇനി അവിടെ കൊണ്ട് നിൽക്കുന്നില്ല ഏതത് യോ വേത്തി ഇത് ക്ഷേത്രമാണെന്ന് അറിയുന്നവൻ ാഹു അവനെ വിളിക്കുന്നു ക്ഷേത്രജ്ഞ ഇതി അവനെന്ത് വിളിക്കുന്നു അപ്പൊ ഈ ശരീരത്തിൽ രണ്ടു പേര് കടന്നു കൂടിയിട്ടുണ്ട് അല്ല രണ്ട് പാർട്ടികളുണ്ട് ഒന്ന് ക്ഷേത്രവും ക്ഷേത്രജ്ഞ ശരീരം ക്ഷേത്രവും ഇതിനെ വേത്തി വേത്തി എന്ന് പറഞ്ഞാൽ അറിയുന്നവൻ ക്ഷേത്രജ്ഞ ഇനി അപ്രയോഗങ്ങളൊക്കെ നോക്കാം ഒന്ന് ക്ഷേത്രം എന്നുള്ള ശബ്ദം എന്താണ് അതിനർത്ഥം വട്ട് ഇസ് ദീനിങ് ഓഫ് ക്ഷേത്രം ക്ഷേത്രം എന്നുള്ളതിന് പല അർത്ഥങ്ങളുണ്ട് സംസ്കൃതത്തിന്റെ പ്രത്യേകത ലോട്ട് ഓഫ് മീനിങ്സ് ഒന്ന് ക്ഷതം ഉള്ളത് ക്ഷേത്രം ക്ഷതം മീൻസ് ദാറ്റ് വിച്ച് വിൽ ഡിസ്ട്രോയ് ക്ഷതം സംഭവിക്കുക സ്ലോലി ഇറ്റ് ഗെറ്റ് ഡിസ്ട്രോയ് അതാണ് ക്ഷ ക്ഷേത്രം എന്നുള്ളതിന പിന്നീട് മറ്റൊരർത്ഥം ഛാത്രം എന്നുള്ള ശബ്ദം ക്ഷേത്രങ്ങൾ ഛാത്രം ക്ഷാത്രം എന്ന് പറഞ്ഞാൽ Protect. പ്രൊട്ടക്റ്റ് കൂട്ടിച്ചേർത്തത് ഈ ശരീരം എന്ന് പറയുന്നത് इट्स अ കോമ്പിനേഷൻ ഓഫ് ഫൈവ് ഗ്രേറ്റ്エレമെന്റ്സ് പഞ്ചഭൂതങ്ങളാണ് ഏടൊക്കെ ആകാശം ഉണ്ടോ അതിന്റെ അകത്ത് വയറില എന്താ ഇല്ലേ ഉണ്ട് തലയിലുണ്ട് ഉണ്ടല്ലോ വയറിൽ ഇല്ലെങ്കിൽ നിങ്ങൾ കാപ്പി കഴിക്കില്ലല്ലോ വയറിലുണ്ട് ആകാശം ഉണ്ട് ഉള്ളുണ്ട് നടക്കാനും ചുറ്റും എന്തു വേണം ആകാശം वायु സംശയത്ത് തൊട്ട് നോക്കണോ ഉണ്ട് വെള്ളം ചൂടെടുക്കുന്ന സമയത്ത് പുറത്ത് വരുന്നുണ്ട് അഗ്നി പറയേണ്ട ആവശ്യമില്ല പിന്നീട് ഭൂമി അത് കാണാൻ പറ്റും നമുക്ക് മാംസമായിട്ടും എല്ലായിട്ടും ഉണ്ടല്ലോ ആറാമത്തെ വല്ലതും ഉണ്ട് സ്വാമി പല്ല് അതൊക്കെ ഭൂമിയിൽ പെട്ടതാണ് എല്ലും പല്ലും ഒക്കെ പഞ്ചഭൂതാത്മകമായി കൂട്ടിച്ചേർത്തത് കൊണ്ട് ഇതിനെ ക്ഷേത്രങ്ങൾ ഇനി ക്ഷേത്രം എന്നുള്ളതിന് ആക്ടിവിറ്റി നടക്കുന്ന സ്ഥലത്തിന് ക്ഷേത്രം എന്ന് പറയും കൃഷി സ്ഥലത്തിന് പണ്ട് ക്ഷേത്രം എന്നാ പറയ കൃഷിസ്ഥലങ്ങൾക്ക് ക്ഷേത്രം ഇനി കൊണ്ട് ഒരുപാട് ക്ഷേത്രം കലാക്ഷേത്രം കർമ്മക്ഷേത്രം ഈ സ്ഥലത്തിന്റെ പേര് കുരുക്ഷേത്രം ഇങ്ങനെ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റികള് പല പല ക്ടിവിറ്റീസ് നടക്കുന്ന സ്ഥലത്തിനും ഈ ശരീരത്തിന് വല്ല ആക്ടിവിറ്റി ഉണ്ടോ ധാരാളം ആക്ടിവിറ്റി നടക്കുന്നത് നിങ്ങൾ അറിയുന്നുണ്ടോ കിഡ്നി എന്ത് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങളുടെ അടിച്ചു കിട്ടാ മതി ഹാർട്ടിന്റെ പണികൾ ട്വന്റി ഫോർ അവേഴ്സ് നോൺ പ്രോഫിറ്റ് വർക്ക് ചെയ്യുന്ന ആളുകളാണ് ഹാർട്ട് കിഡ്നി ഇവരൊക്കെ അല്ലേ ഡൈജഷൻ സിസ്റ്റങ്ങളൊക്കെ നമ്മളെപ്പോലെ കിട്ടുന്നതിനൊക്കെ കൂലി കിട്ടിയാലേ വർക്ക് ചെയ്യുള്ളൂ എന്ന് അവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് സൺഡേ ഹോളിഡേ എടുക്കുന്ന പോലെ ഹാർട്ട് പറയാണ് ഇന്ന് സാറ്റർഡേ നാളെ സൺഡേ ചുട്ടിയേ നമുക്ക് പോകുന്നത് അക്ക് ഹാർട്ട് ചുട്ടി എടുത്തു കഴിഞ്ഞാൽ ചുരുട്ടി കൊണ്ടുകൊണ്ടി വരും ഹാർട്ടിന് ചുട്ടി എടുക്കാൻ പറ്റുമോ വയറ് പറയാണ് എത്ര ദിവസം ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു ദിവസം ഞാനും ഉപവസിക്കുകയാണ് വെച്ചാൽ ഒരു പണിയെടുക്കില്ല കഴിച്ചതൊക്കെ അവിടെ നിൽക്കട്ടെ പെട്ടോ നിങ്ങള് ഇനി വായുദേവൻ പറയാണ് എത്ര ദിവസമായി ഞാൻ പണിയെടുക്കേണ്ടത് ഞാനൊരു ദിവസം സിനിമ കണ്ടിട്ട് വരാന്ന് മെഡിക്കൽ ലീവ് എടുത്തിട്ട് വരാന്ന് വായുദേവൻ ലീവ് എടുത്ത് കഴിഞ്ഞാൽ പെട്ടുവോ എന്തോ അവരൊന്നും ലീവ് എടുക്കാതെ നമ്മുടെ സ്വഭാവമായിട്ട് അവർക്ക് യാതൊരു ബന്ധുവില്ലാത്തത് കൊണ്ട് എങ്ങാനും നമ്മുടെ സ്വഭാവം അവർക്ക് കിട്ടിയിരുന്നു എങ്കിൽ നമ്മൾ ക്ഷീണിച്ച് പരവശ്യായ ഒരു ഭാഗത്ത് കടന്നു തുടങ്ങും വായുദേവൻ പറയും ഞാൻ എത്ര ദിവസമായി വന്നു പോകുന്നു വന്നു പോകുന്നു കുറച്ചു ദിവസം ഞാനും ട്ടെ കഴിഞ്ഞോ ഇങ്ങനെയൊന്നും അവർ ചിന്തിക്കാത്തത് കൊണ്ട് ഈ സിസ്റ്റത്തിൽ എപ്പോഴും കർമ്മങ്ങൾ നടക്കുന്ന ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്നില്ലേ ശ്വാസം വന്ന് പോകുന്നില്ലേ വേണ്ട സ്ഥലങ്ങളിൽ ഓരോന്നെത്തുന്നില്ലേ എല്ലാം മാംസങ്ങൾ വികസിക്കുന്നില്ലേ മുടി വളരുന്നില്ലേ ഉണ്ടോ ഇല്ലയോ ഒക്കെ നടക്കുന്നത് ദാരി ചെയ്യണോ ഈ ക്ഷേത്രത്തിൽ ഇതെല്ലാം നടക്കുന്നു ഇനി ഭഗവാൻ പറയാണ് അപ്പൊ ഇത്രയൊക്കെ ആക്ടിവിറ്റികൾ ഉള്ളത് കൊണ്ടും കൂടിച്ചേർന്നത് കൊണ്ടും ഇതിനെ ക്ഷേത്രം എന്ന് വിളിക്കുന്നു അപ്പൊ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റികളുള്ള സ്ഥലം കൂടിച്ചേർന്ന സ്ഥലം പിന്നീട് എന്താ പറഞ്ഞ നാശമുള്ളത് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്തിനെയാണ് ക്ഷേത്രം ഇനി ഭഗവാൻ പറയാണ് ഏത് ഏത് വേത്തി ഇത് ആരാണോ അറിയുന്നത് തം പ്രാഹു അവനെ അറിഞ്ഞാലും എന്താ അറിയണം ക്ഷേത്രജ്ഞൻ ഇതി അറിയുന്നു അപ്പൊ ക്ഷേത്രവും ക്ഷേത്രജ്ഞനം ജ്ഞ എന്നുള്ള ശബ്ദത്തിന് ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവ് എന്നാണ് വേദജ്ഞൻ വേദത്തെക്കുറിച്ച് അറിയുന്നവൻ കുഴപ്പമില്ലല്ലോ വേദജ്ഞൻ പിന്നെ ആരാണ് ശാസ്ത്രജ്ഞൻ ക്ഷേത്രത്തെക്കുറിച്ച് അറിയുന്നവൻ സർവജ്ഞൻ അയാളുടെ വിചാരം അയാളെ കണ്ടാൽ സർവജ്ഞനാണെന്ന് തോന്നാറുണ്ട് സർവജ്ഞൻ പിന്നെ എന്തജ്ഞനാ ഉള്ളത് കൃതജ്ഞനോ ആ നന്ദിയില്ലാത്തവൻ കൃതജ്ഞനാണ് നന്ദിയില്ലാത്തവൻ കൃതജ്ഞൻ പറഞ്ഞാൽ നന്ദിയുള്ളവൻ കൃതജ്ഞത പിന്നെ ക്ഷേത്രജ്ഞൻ ഏ ജ്യോതിഷികൾ എന്താ വിളിക്കൻ പറയുക ദൈവജ്ഞൻ ആ ദൈവജ്ഞൻ സംഗീതജ്ഞൻ കുറെയുണ്ട് സംഗീതത്തെ കുറിച്ച് ആ അങ്ങനെയൊക്കെ കുറെ ജ്ഞന്മാരുണ്ട് ക്ഷേത്രം ക്ഷേത്രജ്ഞൻ െന്ന് പറയുന്നത് ക്ഷേത്രത്തെക്കുറിച്ച് ഞ എന്നുള്ള ശബ്ദം കൊണ്ട് അറിവ് ക്ഷേത്രജ്ഞന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തെക്കുറിച്ച് അറിയുന്നത് അപ്പൊ സാധാരണ രീതിയിൽ ജനറലി നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ദ മൈൻഡ് നോസ് എവ്രിതിങ് ആണ് ത്രൂ ദ മൈൻഡ് ഓൺലി വി ആർ നോയിങ് എവ്രിതിങ് ആണ് പക്ഷെ നമ്മുടെ ഒരു തെറ്റായ ധാരണയാണ് മൈൻഡിന് പോലും അറിയാത്ത കുറെ കാര്യങ്ങളുണ്ട് ഉദാഹരണത്തിന് നമ്മൾ വളരെ ശ്രദ്ധിക്കണേ മൈൻഡ് അറിയാതെയാണ് ബ്രീത്ത് ഉള്ളിലേക്ക് വരുന്നത് യു ബ്രീത് വിതൗട്ട് ദി മെന്റൽ നോളജ് ഈവൻ യു ആർ മൈൻഡ് സ്ലീവ് ദാറ്റ് ഐം ആൾസോ ബ്രീത്ത് കംസ് ആൻഡ് ഗോസ് അല്ലേ ഉണ്ടാവില്ലയോ മനസ്സിനറിയില്ല നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത് ഓക്സിജൻ മാത്രമാണ് അന്തരീക്ഷത്തിലാണെങ്കിൽ ഓക്സിജൻ മാത്രമാണോ ഉള്ളത് ആണോ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട് ഹൈഡ്രജനുണ്ട് നൈട്രജനുണ്ട് പിന്നെ യു സ്റ്റഡി കെമിസ്ട്രി നമ്മൾ അന്തരീക്ഷത്തിൽ പല വാതകങ്ങളുണ്ട് അതിൽ നിന്ന് ഓക്സിജൻ മാത്രം സെപ്പറേറ്റ് ചെയ്ത് ഉള്ളിലേക്ക് എത്തിക്കുന്നു ഈ മനസ്സിനെക്കാളും അറിവ് ഈ പ്രകാശത്തിനുണ്ട് മനസിലായില്ലേ അപ്പോ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാൻ മനസ്സിനെക്കാളും കൂടുതൽ കാര്യങ്ങൾ പറയുന്നവനാണ് ഇനി വീണ്ടും നോക്കും നിങ്ങൾ ഈ ശാസ്ത്രജ്ഞന്മാർക്കൊക്കെ ഉണ്ടല്ലോ ഇപ്പോഴും കൺഫ്യൂഷൻ ഇവിടെ ഇതിലാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എവറിത്തിങ് സിസ്റ്റമാറ്റിക് ആണ് നമ്മുടെ ശരീരത്തിൽ ആറ് ലിറ്റർ പെട്രോൾ ഒഴിച്ചിട്ടുണ്ട് ഭഗവാൻ ഏത് പെട്രോള് ബഡ് അതിനൊരു പ്രത്യേക സർക്കുലേഷൻ സ്പീഡ് ഉണ്ട് അത് ഹാർട്ടിലെത്തുന്നു ആ ഹാർട്ടിലെത്തിക്കഴിഞ്ഞാൽ ആ ഇമ്പ്യൂറായി കഴിഞ്ഞ സാധനങ്ങളൊക്കെ പ്യൂരിഫൈ ചെയ്ത് വിടുന്നു വീണ്ടും അത് ഇംപ്യൂറാവുന്നു ഇതൊക്കെ ആര് തീരുമാനിച്ചു ഹൂ ഡിസൈഡ് ഇത് ഇവിടെ എത്തുമ്പോഴേക്കും പ്യൂറാവണം എന്നൊക്കെ ഇതുപോലെ നമ്മൾ ഇത്ര മിനിറ്റിനുള്ളിൽ ഇത്ര ശ്വാസമെടുക്കണം എന്നുള്ളത് ഒരു സിസ്റ്റം ഉണ്ട് ആര് തീരുമാനിച്ചു ഇതൊക്കെ ഇതിന്റെ ഒക്കെ പിന്നിൽ ഒരു ശക്തി ഉണ്ടാവാതിരിക്കുമോ ശാസ്ത്രജ്ഞന്മാർക്ക് ഇപ്പോഴും ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ലേ അവർ പറയുന്നു ഇതൊക്കെ പ്രകൃതിയാൽ സംഭവിക്കണോ ഒരു സ്ഫോടനത്തിനൊക്കെ ഇങ്ങനെ പ്രകൃതിയിൽ സംഭവിക്കുമെങ്കിൽ സൂര്യൻ ഇന്ന സ്ഥലത്ത് നിൽക്കണം ഭൂമി ഇന്ന സ്ഥലത്ത് നിൽക്കണം ഓരോ ഗ്രഹങ്ങളും ഇന്നെ സ്ഥലത്ത് നിൽക്കണം ഒന്നൊന്നിനോട് കൂട്ടിമുട്ടാതെ എവറി ഈസ് റൊട്ടേറ്റിംഗ് എന്ന് പറയുമ്പോണ്ടല്ലോ ഈവൺ മനുഷ്യ മനസ്സയക്കുന്ന കണ്ടുപിടിച്ചിരിക്കുന്ന സാറ്റലൈറ്റുകൾ പോലും ഫെയിലിയറാവും അടുത്ത കാലത്ത് കേ വലിയ പ്രസ്റ്റീജ് ആയിട്ടൊരു സാധനം വെച്ച് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ പത്രത്തിലൊക്കെ അതിപ്പോ ഫെയിലിയറാണ് ആ മനുഷ്യന്റെ ഹ്യൂമൻ ബ്രെയിൻ കൊണ്ട് കണ്ടെത്തുന്നതിനൊക്കെ ഒരു ഒരു ലിമിറ്റേഷൻ പക്ഷെ പ്രകൃതിയിലുള്ളതിനൊന്നും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ആര് ഡിസൈഡ് ചെയ്തു ഇത് ഇറ്റ്സൽഫ് എന്ന് പറയാൻ അവർക്ക് സാധിച്ചിട്ടില്ല എപ്പോഴും അവർ ആദ്യക്ക് ഇറ്റ്സെൽഫ് എന്നൊക്കെ പറഞ്ഞു നോക്കി പക്ഷെ അവർക്ക് മനസ്സിലാവേണ്ടത് ദർ ഇസ് ഫാക്ടർ ഇപ്പം നമ്മുടെ ഉള്ളിലുള്ള ഭക്ഷണം ഉണ്ടല്ലോ ദഹിപ്പിക്കണമെങ്കിൽ കുറെ എൻസൈമുകളുണ്ട് കുറെ എൻസോഡിയം എന്താണ് സൾഫൈറ്റ് തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ ഇതൊക്കെ കൊണ്ട് നമ്മുടെ സാധനം ദഹിപ്പിക്കാം ഈ സാധനം നമ്മൾ ഒരു ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കണമെങ്കിൽ കുറെ ഇൻസ്ട്രുമെന്റ് വേണം